ദൈവത്തിന് സ്തോത്രം നമുക്കിന്ന് പല പ്രിയപ്പെട്ടവർക്കും ഒന്നിച്ച് വീണ്ടും കൂടി ഇവിടെ ദൈവ സ്നീതിയിലായിരിപ്പാനും ദൈവം നമ്മെ സഹായിച്ചല്ലോ നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിൻ്റെ പജനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കുകയും ചെയ്യാം ദൈവം നമ്മെക്കുറിച്ച് നമ്മുടെ ജീവിതം അത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിത്തീരണം എന്നാണ് ദൈവത്തിൻ്റെ താല്പര്യം നാം നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ പലപ്പോഴും നമുക്ക് ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ നിൽക്കാനായിട്ട് പറ്റും ആ കർത്താവിനെ എൻ്റെ നമ്മുടെ ജീവിതം ഒരു ന്യൂട്രൽ ആയിട്ട് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഒരു മഹത്വത്തിനായിട്ടുള്ള ജീവിതത്തിന് പകരം ഒരു ന്യൂട്രലായിട്ട് ഒരു ക്രിസ്തീയ ജീവിതം ഒരു സാധാരണ ക്രിസ്ത്യ ജീവിതം ജീവിച്ച് മുമ്പോട്ട് പോവുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ചില അവസരങ്ങളെങ്കിലും നമുക്ക് വളരെ ദുഃഖത്തോടെ ഓർക്കാൻ ആയിട്ട് കഴിയുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില രംഗങ്ങളിൽ ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ച സാഹചര്യങ്ങൾ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് നമ്മെ സംബന്ധിച്ചോളം നമുക്ക് ആ രീതിയിൽ നമുക്ക് വെളിച്ചമില്ലായിരുന്നു എന്നാൽ കർത്താവിനെ അറിഞ്ഞ ശേഷവും ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതം നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തെ ദുഷിച്ച ചില സാഹചര്യങ്ങളുണ്ട് പലപ്പോഴും വളരെ ലജ്ജയോടെ ദുഃഖത്തോടെ ഓർക്കുന്ന ചില കാര്യങ്ങളാണ് എന്നാൽ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടാൽ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് നാം അവനാൽ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഓർത്ത് നാം ദുഃഖിച്ച് നാം ഇരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ക്രിസ്തീയ ക്രിസ്ത്യാനികൾ ഈ മൂന്ന് തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ക്രിസ്ത്യാനികളുമുണ്ട് ക്രിസ്ത്യാനികൾ എന്ന പേര് ധരിച്ച ശേഷം ആ ക്രിസ്ത്യാനികൾ ആയിരിക്കെ തന്നെ ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്നവർ എന്നാൽ ക്രിസ്ത്യാനികൾ ആയ ശേഷവും ഒരു തരത്തിലും ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താതെ ഒരു ചൂടും തണുപ്പുമില്ലാത്ത നമ്മുടെ ലോധ്യ സഭയിൽ കുറിച്ച് നാം വായിക്കുന്നത് പോലെ ശീതോഷ്ണാവസ്ഥയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം ആ ക്രിസ്തീയ ജീവിതം അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിന്റെ നാമത്തെ തീർച്ചയായിട്ടും നാം ദുഷിക്കുവാൻ പാടില്ല എന്നാൽ അതിന് ഒരു ശീതോഷ്ണാവസ്ഥയിലുള്ള ഒരു ജീവിതവുമല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനുമപ്പുറത്ത് നമ്മുടെ ജീവിതം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തീരണം ദൈവത്തിന്റെ നാമത്തിൻ്റെ പുഴ്ചയ്ക്കായി തീരണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നാം കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചപ്പോൾ ഏറ്റവും ആദ്യത്തെ ഐ മീൻ ആ കാര്യം തന്നെ കർത്താവ് ആ പ്രാർത്ഥനയിൽ എന്താണ് പറഞ്ഞത് കർത്താവ് പറഞ്ഞു സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ കർത്താവ് പറയുന്നത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങനെയാണ് നാം പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നത് സർഗസ്വസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഒമ്പതാം വാക്യം ആറാം അധ്യായത്തിൻ്റെ മത്തായേ ആറാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം സ്വർഗസ്വനായ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുകയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഈ വ്യത്യസ്തമായ കാറ്റഗറി ദൈവത്തിൻ്റെ നാമത്തെ ജീവിതം കൊണ്ട് ദുഷിക്കുന്നവർ ദൈവത്തിൻ്റെ നാമത്തിന് എന്റെ പുകഴ്ചയ്ക്കായി ജീവിക്കാതെ തങ്ങളുടെ തന്നെ ജീവിതത്തിൽ തങ്ങളുടെ തന്നെ പുകഴ്ചയ്ക്കായി ജീവിക്കുന്നവർ എന്നാൽ ഇവിടെ ഇതാ ഈ പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞതുപോലെ സർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ നാമം അങ്ങയുടെ നാമം മഹത്വപ്പെടണം അങ്ങയുടെ നാമം ഉയരണം എൻ്റെ ജീവിതം കൊണ്ട് കർത്താവെ അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകണം അങ്ങയുടെ നാമത്തിന് പുകഴ്ചയുണ്ടാകണം നമ്മൾ ആദ്യത്തെ കാറ്റഗറിയിൽ ദൈവത്തെ ദുഷിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുന്ന ഇതിനെക്കുറിച്ച് നാം റോമാലേഖനം ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് റോമലേഖനം ഒന്നാം അധ്യായത്തിൽ അവിടെ ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിലുമൊക്കെ നാം അവിടെ വായിക്കുന്നത് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടു എന്നാണ് നാം അവിടെ വായിക്കുന്നത് ആ വാക്യത്തിൽ അവിടെ പറയുന്നത് അവര് ദൈവത്തെ അറിഞ്ഞു പക്ഷേ അവനെ ദൈവമെന്ന് ഓർത്ത് അവർ അവര് ദൈവത്തെ മഹത്വീകരിച്ചില്ല അത് കഴിഞ്ഞ് ഇതൊരു ഒരു മുമ്പോട്ടുള്ള ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നതിന് പകരം അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഇതൊരു ഒരു പുറകോട്ടുള്ളൊരു പോക്കാണ് അവർ ദൈവത്തെ മഹത്വീകരിച്ചില്ല പിന്നെ ദൈവത്തോട് നന്ദി കാണിച്ചില്ല എന്നവിടെ പറയുന്നു ദൈവത്തെ മഹത്വീകരിച്ചില്ല ദൈവത്തോട് നന്ദി കാണിച്ചില്ല അവരുടെ നിരൂപണങ്ങൾ വ്യർത്ഥമായി തീർന്നു വ്യർത്ഥ നിരൂപണങ്ങൾ അവർക്കുണ്ടായിരുന്നു വ്യർത്ഥമായ നിരൂപണങ്ങളാണ് അവരുടെ മനസ്സിൽ നിറഞ്ഞിരുന്നത് അത് കഴിഞ്ഞ് അവിടെ പറയുന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം അപ്പോൾ ആദ്യം ദൈവത്തെ മാഹുത്തീകരിച്ചില്ല ദൈവത്തിനെ നന്ദി കാണിച്ചില്ല അതുകഴിഞ്ഞ് നിരൂപണങ്ങൾ വ്യർത്ഥമായിത്തീരുന്നു ഹൃദയം വിവേകമില്ലാതാത്തതായിത്തീരുന്നു വിവേകമില്ലാത്ത അതിനെ തുടർന്ന് വിവേകമില്ലാത്ത പല തീരുമാനങ്ങൾ പല രീതിയിൽ മുമ്പോട്ട് പോകുന്നു അവസാനം എന്താ പറയുന്നത് ഹൃദയം ഇരുണ്ടുപോയി ഹൃദയം ഇരുണ്ടുപോയി അങ്ങനെ ഇരണ്ട് ഹൃദയം അതിനെ തുടർന്ന് ഏത് രീതിയിലാണ് റോമാലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷ്ടിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നു നമ്മെ നമുക്ക് ഏറ്റവും ദുഃഖം തരേണ്ട ചില സാഹചര്യങ്ങളാണിത് നമുക്ക് ദൈവത്തെ മഹത്തീകരിക്കുന്ന ഒരു ജീവിതം ദൈവം നാം ദൈവത്തിൻ്റെ മഹത്വം കരയറ്റാതെ ദൈവത്തോട് ദൈവം ചെയ്ത കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദൈവം രക്ഷയ്ക്ക് ദൈവം നൽകിയ വീണ്ടെടുപ്പിന് ദൈവം വചനങ്ങൾക്ക് ദൈവസഭയ്ക്ക് ഈ രീതിയിൽ നമ്മൾ ദൈവത്തോട് നന്ദിയും കടപ്പാടും നാം ഇല്ലാതെ നാം നമ്മുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥ നിരൂപണങ്ങളുമായി നാം മുമ്പോട്ട് പോയി അത് കഴിഞ്ഞ് നമ്മുടെ ഹൃദയം അത് വിവേകമില്ലാത്തതായി തീരുന്നു ഹൃദയം ഇരുണ്ടുപോകുന്നു അതിനെ തുടർന്ന് ആ ജീവിതം ദൈവത്തിൻ്റെ നാമത്തിന് ദുഷിപ്പുള്ളത് ആയിത്തീരുന്നു അപ്പം ഞാന് എൻ്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ക്രിസ്ത്യ ക്രിസ്ത്യാനി ആയ ശേഷം എനിക്ക് ഏറ്റവും ദുഃഖമുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ഏതെങ്കിലും ചില ഓർമ്മകൾ കർത്താവെ ഞാൻ ആ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങേയെ മഹത്വപ്പെടുത്തുന്നതിന് പകരം കർത്താവെ എൻ്റെ ആ വാക്കിലൂടെ എൻ്റെ ആ മനോഭാവത്തിലൂടെ എൻ്റെ ആ പ്രവൃത്തിയിലൂടെ കർത്താവെ ആ പെരുമാറ്റത്തിലൂടെ ഞാൻ അങ്ങയുടെ നാമത്തെ ദുഷിക്കുകയായിരുന്നല്ലോ എന്നോർത്തുള്ള ഒരു ദുഃഖം നമുക്കൊക്കെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ ക്രിസ്ത്യാനി ആയ ശേഷവും ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ നമുക്ക് കഴിഞ്ഞതിനെ കുറിച്ച് നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല നമുക്ക് നമ്മുടെ ജീവിതം കഴിഞ്ഞു പോയ കാര്യം നമുക്ക് അതിനെ ഓർത്ത് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുക നമുക്ക് കഴിഞ്ഞ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തതിനെക്കുറിച്ച് ഓർത്തി എന്ന് നിരാശപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല പക്ഷേ നമുക്ക് ദൈവത്തിനോട് സത്യസന്ധമായിട്ട് പറയാം കർത്താവെ എനിക്ക് ആ സാഹചര്യത്തിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുന്നതിന് പകരം അങ്ങയുടെ നാമത്തെ ഞാൻ കർത്താവെ എൻ്റെ വാക്കിലൂടെ എൻ്റെ മനോഭാവത്തിലൂടെ എൻ്റെ പ്രവൃത്തിയിലൂടെ കർത്താവ് എൻ്റെ സംസാരത്തിലൂടെ എൻ്റെ അവിടുത്തെ ഇടപെടലിലൂടെ കർത്താവെ എൻ്റെ അവിടെയുള്ള വിവേകമില്ലാത്ത പെരുമാറ്റത്തിലൂടെ ഞാൻ അങ്ങയുടെ നാമത്തെ ദുഷിച്ചല്ലോ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ അങ്ങനെ രക്തത്താൽ കഴുകണമേ എനിക്ക് വീണ്ടും ഒരു അവസരം അങ്ങ് നൽകണമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതത്തിലേക്ക് പോകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും നമുക്ക് പുതുതായി നമ്മെ തന്നെ ആ രീതിയിൽ സമർപ്പിക്കുകയും ചെയ്യുവാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ചോളം അവർ അവരുടെ ജീവിതത്തിൽ അവരിങ്ങനെയുള്ള പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ നാമം ദുഷിച്ച ഒരു അനുഭവത്തെക്കുറിച്ചൊന്നും അവർ കാണുന്നില്ല അവരുടെ ജീവിതത്തിൽ അവർ നോക്കുമ്പോൾ പക്ഷേ അവരുടെ ജീവിതം അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് നാം റോമാലേഖനം സോറി നാം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിലാണല്ലോ ലൗദിക്ക് സഭയോട് പറയുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നീ ഉഷ്ണവാനും എങ്കിൽ കൊള്ളാമോ കൊള്ളാമായിരുന്നു അപ്പൊ ക്രിസ്തീ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നു പക്ഷേ ആ ക്രിസ്തീ ജീവിതത്തിൽ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു ഉഷ്ണം ഒരു ഒരു ചൂട് ജീവിതത്തിൽ എന്നാൽ കർത്താവിൻ്റെ നാമത്തെ ദുഷിക്കുന്ന രീതിയിൽ ആ രീതിയിൽ ഇങ്ങനെ അങ്ങ് പുറകോട്ട് പോയി ഒരു തണുപ്പിലുമല്ല എന്നാൽ ഒരു തരം വാട്ട പരുവത്തിൽ വാട്ടവെള്ള പരുവത്തിൽ ശീതവാനോ ഉഷ്ണവാനോ അല്ലാതെ ശീതോഷ്ണവാനായി പോകുന്ന ഒരവസ്ഥ കർത്താവ് പറയുന്നത് പതിനാറാം വാക്യം ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവസ്ഥയിൽ ഞാൻ ആകിയാൽ ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മണ്ണുകളും എന്നാണ് വളരെ ഗൗരവത്തോടു കൂടിയാണ് അവിടെ പറയുന്നത് അവിടെയും ആ രീതിയിലുള്ള ഒരു ജീവിതത്തിൻ്റെ നിലവാരത്തിൽ നിന്നും നിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നാം കാണുക എന്നാണ് ആ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് അപ്പോ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയേണ്ടത് പറയുന്നത് എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ഞാൻ ശിക്ഷിക്കുകയും ചെയ്യുന്നു നീ അതുകൊണ്ട് ആകയാൽ പത്തൊമ്പതാം വാക്യം നീ ജാഗ്രതയുള്ളവനായിരിക്കുക നീ മാനസാന്തരപ്പെടുക ഇതാ ഞാൻ നിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു നീ ഈ രീതിയിൽ ശീതോഷ്ണവാനായിട്ട് നീ തുടരാൻ പാടില്ല നീ നിന്നെ സംബന്ധിച്ചോളം നിന്റെ ഹൃദയം നീ തുറക്കുക കർത്താവിനായിട്ട് തുറക്കുക നീ അപ്രകാരം തുറന്ന് എന്നോടുള്ള ഒരു കൂട്ടായ്മയിൽ നീ ആ രീതിയിൽ ഒരു ഉഷ്ണത്തോടെ എന്നോടുള്ള ഐക്യത്തിലും കൂട്ടായ്മയിലും എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞാൻ ജീവിക്കുക നീ ജീവിക്കുക അങ്ങനെയെങ്കിൽ ഞാൻ നിന്റെ അടുത്തേക്ക് വരും നിന്നോ എന്നോടുള്ള കൂട്ടായ്മയിൽ നിനക്ക് വളരുവാനായിട്ട് കഴിയും എനിക്ക് ജയി ജയി ജയമുള്ള ഒരു ജീവിതം ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ നിനക്കും ആ രീതിയിൽ ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും എന്നിരുപത്തി ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു അപ്പോ നമുക്ക് ആ രീതിയിൽ ദൈവത്തെ ദുഷിക്കുന്ന ഒരു ജീവിതം നമുക്ക് വേണ്ട അത് മാത്രമല്ല നമുക്ക് ഒരു ശീതോഷ്ണാവസ്ഥയിലുള്ള ദൈവനാമത്തെ മഹത്വപ്പെടുത്താത്ത ഒരു ജീവിതവും നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് ദൈവത്തിന്റെ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിനായി തീരണം നമ്മുടെ ജീവിതം ദൈവത്തിന്റെ നാമത്തിന്റെ പുഴ്ചയ്ക്കായി തീരണം സ്രഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടേണം അങ്ങയുടെ നാമം മഹത്വപ്പെടണം നമ്മുടെ ജീവിതം കൊണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് ഇവിടെ നാം വായിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതം തന്നെ അത് നമുക്ക് വേണ്ടിയുള്ളതല്ല നമ്മൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കേണ്ടത് ആ രീതിയിലാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ പലപ്പോഴും ഇന്നത്തെ ഒരു പൊതുവേയുള്ള ക്രിസ്തീയ ലോകത്തിൽ ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ നമ്മിൽ കേന്ദ്രീകൃതമായ എൻ്റെ സന്തോഷം എൻ്റെ സുഖം എനിക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ഈ കാര്യത്തിലാണ് എല്ലാവരും പൊതുവെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു നമ്മൾ നേരത്തെ ഒരിക്കൽ പറയുകയുണ്ടായി നേരത്തെ ഉണ്ടായിരുന്ന പഴയ കാലത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത് പോലെ ഭൂമിയാണ് കേന്ദ്രം സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുകയാണ് എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഞാനാണ് കേന്ദ്രം ദൈവവും ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് ചുറ്റും എനിക്ക് ചുറ്റും കറങ്ങുന്ന ഒരവസ്ഥ അന്ന് ഗലീലിയോയും കോപ്പർ ഒക്കെ അവർക്ക് അവർ ടെലിസ്കോപ്പുമൊക്കെ കണ്ടെത്തി അവരാണ് അത് കണ്ടുപിടിച്ചത് അങ്ങനെയല്ല കേന്ദ്രം ഭൂമിയല്ല കേന്ദ്രം സൂര്യനാണ് സൂര്യന് ചുറ്റും ഞാനാണ് കറങ്ങേണ്ടത് ഒരു ബോധ്യം ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും പലപ്പോഴും നാം കേൾക്കുന്ന സന്ദേശങ്ങളൊക്കെ കേന്ദ്രത്തിൽ നമ്മെ വെച്ചാണ് ആ സന്ദേശങ്ങളൊക്കെ നമ്മളാണ് കേന്ദ്രം നമുക്ക് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി സഭ നമുക്ക് വേണ്ടി എല്ലാം നമുക്ക് വേണ്ടി സഹോദരന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നമ്മെ സഹായിക്കുന്ന നമ്മെ ഉത്സാഹിപ്പിക്കുന്നവർ നമ്മെ ആശ്വസിപ്പിക്കുന്നവർ എന്നാൽ അതിനപ്പുറത്ത് എൻ്റെ ജീവിതം അതുകൊണ്ട് അത് ദൈവത്തിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആ രീതിയിൽ നമുക്ക് കാര്യങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് കുറച്ചുകൂടെ അർത്ഥമുണ്ടാകും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് കുറച്ചുകൂടെ ആഴമുണ്ടാകും നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് കുറച്ചുകൂടെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് ആയിത്തീരും അപ്പം ഞാന് ഇന്ന് നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം എങ്ങനെയാണ് ദൈവത്തിന് നമ്മുടെ ജീവിതം മഹത്വമുള്ളതായി തീരുക എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുക നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം ഒന്നാമതായി നമുക്ക് നമ്മൾ റോമാലേഖനത്തിൽ നാം വായിച്ചത് ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുവാനുള്ള തുടക്കം അവരുടെ ചിന്തയിലാണ് ഏ നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു അവർ ദൈവത്തെ മഹത്വീകരിച്ചില്ല നന്ദി കാണിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴും അതിനോട് ചേർന്ന് അവിടെ പറയുന്ന ഒരു കാര്യം അവർക്ക് വ്യർത്ഥ നിരൂപണങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ചിന്തയിൽ അവര് അവരുടെ ചിന്ത ചിന്താമണ്ഡലം ചിന്തയിൽ ഇങ്ങനെ അവർ ചിന്തിച്ചിരുന്നതെല്ലാം തങ്ങളുടെ സന്തോഷം തങ്ങളുടെ ഗ്രാറ്റിഫിക്കേഷൻ തങ്ങളുടെ സുഖം ഈ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചു ദൈവം ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് തങ്ങളെക്കുറിച്ചും തങ്ങളുടെ ഗ്രാറ്റിഫിക്കേഷനെക്കുറിച്ചും തങ്ങളുടെ സുഖങ്ങളെക്കുറിച്ചും തങ്ങളുടെ തന്നെ പ്രീതിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഹൃദയം വിവേകമില്ലാത്തതായി തീർന്നു ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടും എന്നാൽ ഇന്ന് നമ്മെ സംബന്ധിച്ചോളം നമുക്ക് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ അവിടെയും നമ്മുടെ ചിന്തയിലാണ് നമുക്ക് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നാം തുടങ്ങേണ്ടത് നമുക്കൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ചിന്തകളിൽ തെറ്റായ ചിന്തകൾ കടന്നു വരുന്നു ഈവിൾ തോട്ട്സ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു ഈവിൾ തോട്ട്സ് കടന്നു വരുമ്പോൾ ആ ചിന്ത ഇതൊന്നും ആരും കാണുന്നില്ല ആരും അറിയുന്നില്ല പക്ഷേ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ നാമത്തിന് മഹുത്വപ്പെടുത്തുന്ന ഒരു ജീവിതമായി തീരണമെങ്കിൽ നമ്മെ സംബന്ധിച്ചോളം തോട്ട്സ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോ അതിന് കർത്താവേ ഇത് ശരിയല്ലല്ലോ എന്നെ സഹായിക്കണമേ കർത്താവേ എന്നോട് എന്നെ എന്നെ വിടുവിക്കണമേ കർത്താവേ ഈ ഈ ഈവിൾ തോട്ട്സ് കർത്താവേ അത് അങ്ങയുടെ നാമത്തെ ദുഷിക്കുന്നതിലേക്ക് നടത്തുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കർത്താവ് എൻ്റെ ഈ ഈവിൾ തോട്ട്സിന് എനിക്ക് നല്ല ചിന്തകളെ അങ്ങ് നൽകണമേ എൻ്റെ ചിന്തകൾ ഈവിൾ തോട്ട്സിന് ഞാൻ അവിടെ നല്ല ചിന്തകളെ ഞാൻ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഹൃദയത്തിലുണ്ടാകുന്ന മോഹപരമായ ചിന്തകൾ ലസ്ഫുൾ തോട്ട്സ് അപ്പൊ നമുക്ക് ലസ്ഫുൾ തോട്ട്സ് വരുമ്പോൾ അതിനു പകരം കർത്താവെ ഇത് ശരിയല്ല എന്റെ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ കർത്താവെ തെറ്റായ മോഹങ്ങളും തെറ്റായ ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും ഹൃദയത്തിൽ വരുമ്പോൾ കർത്താവെ അത് എന്നെ പുറകോട്ട് കൊണ്ടുപോയി ദൈവത്തിൻ്റെ നാമത്തെ ദുഷിപ്പിക്കുവാൻ ഇടയുണ്ട് അതിന് പകരം എനിക്ക് നല്ല ചിന്തകൾ പ്യുറായിട്ടുള്ള ചിന്തകൾ എനിക്ക് നൽകണമേ അപ്പൊ നമ്മുടെ ഹൃദയത്തെ നാം ഈ തരത്തിൽ കാണാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു വ്യക്തിയോട് കോപം തോന്നുന്നു നമുക്ക് വിദ്വേഷം വരുന്നു പക വരുന്നു പക വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഹൃദയത്തിൽ നിന്ന് നമുക്കൊരു ബോധ്യം ലഭിക്കണം ദൈവത്തിന്റെ ഒരു വെളിച്ചം നാം പാടുകയുണ്ടായി നാഥ നീ എനിക്ക് വെളിച്ചം നൽകണമേ കർത്താവെ എനിക്ക് വെളിച്ചം നൽകണമേ എൻ്റെ പാപത്തെ കാണുവാൻ എന്നെ സഹായിക്കണമേ അത് എവിടെയാണ് എൻ്റെ ഹൃദയത്തിലുള്ള ചിന്തകൾ ശരിയല്ലാതിരിക്കുമ്പോൾ അത് കാണുവാനും ആ ചിന്തകളെ താലോലിക്കാതിരിക്കുവാനും എന്നെ സഹായിക്കണമേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ബിറ്റർ ആംഗ്രി തോട്ട്സ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നു കൈപ്പുള്ള ദേഷ്യത്തിൻ്റെതായ കോപത്തിൻ്റെ ചിന്തകൾ അപ്പം നമ്മളങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരു സഹോദരനോ സഹോദരിയോ ആണെങ്കിൽ നാം എന്താ ചെയ്യേണ്ടത് അവിടെ കുറച്ചുകൂടെ കുറച്ചുകൂടെ തീ അവിടെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കൈപ്പുള്ള വിദ്വേഷത്തിൻ്റെ ചിന്തകൾ വരുമ്പോൾ ഓ കർത്താവേ ആ വ്യക്തിക്ക് ആ കാര്യത്തെക്കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തതിൻ്റെ ആ ശരിയായ ഉദ്ദേശം എനിക്ക് മനസ്സിലാകാത്തത് ഞാൻ എന്തിനാ ഈ കയ്പിലും വിദ്വേഷത്തിലും തുടരുന്നത് കർത്താവെ അതിനു എനിക്ക് സ്നേഹത്തിന്റെ ചിന്തകൾ എനിക്ക് നൽകണമേ കർത്താവെ ക്ഷമയുടെ ചിന്തകൾ എനിക്ക് നൽകണമേ ആ വ്യക്തിയോട് ക്ഷമിക്കുവാൻ ആ വ്യക്തിയെ സ്നേഹിപ്പാൻ എന്നെ സഹായിക്കണമേ അപ്പൊ ഇതൊന്നും വാക്കിലൊന്നും വരുന്നില്ല പുറത്തൊന്നും വരുന്നില്ല ഇതെല്ലാം ഹൃദയത്തിലാണ് നടക്കുന്നത് പക്ഷേ ഹൃദയത്തിൽ ഒരു പോരാട്ടം നടക്കുന്നു ഈ കയ്പിന്റെ ചിന്തകൾ ദേഷ്യത്തിന്റെ ചിന്തകൾ വരുമ്പോൾ അതിനു പകരം സ്നേഹത്തിന്റെ ചിന്തകൾ ക്ഷമയുടെ ചിന്തകൾ നാം കൊണ്ടുവരും അല്ലെങ്കിൽ അസൂയയുടെ ചിന്ത ഹൃദയത്തിലേക്ക് വരുന്നു അപ്പൊ നമ്മള് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടപ്പെടണം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഈ അസൂയയുടെയും ഒക്കെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ അതിനു പകരം എൻ്റെ ഈ സഹോദരനല്ലേ ഒരു നന്മയുണ്ടായത് എൻ്റെ ഈ സഹോദരിക്കല്ലേ ഒരു നന്മയുണ്ടായത് അല്ലെങ്കിൽ എൻ്റെ ഈ ജോലിസ്ഥലത്തുള്ള എൻ്റെ ഈ കോവർക്കറിനല്ലേ ഈ നന്മയുണ്ടായത് ഞാനിതിനെ അസൂയപ്പെടുന്നത് അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിക്കുന്ന ഈ കുട്ടിക്ക് ഞാൻ അവനോടൊപ്പം സന്തോഷിക്കട്ടെ അവൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ അവിടെ അസൂയയുടെ ചിന്ത ചിന്തക്ക് ഞാൻ ഒരു നന്ദിയുടെ ചിന്ത സന്തോഷത്തിന്റെ ചിന്ത പലപ്പോഴും നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ ഹൃദയത്തിൽ നാം ഇരു അറിയാതെയുമൊക്കെ നമുക്ക് നികള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ പൊങ്ങി വരും നിങ്ങളുടെ <Nicly> ചിന്തകൾ ഏഹ് ഞാൻ എപ്പോഴും ജോജി പേരൊക്കെ ഇടയ്ക്ക് പറയുന്ന പോലെ ഞാൻ ആരാ മോഹൻ എന്ന് പ്രധർ പറയാറുണ്ട് ഞാൻ ഞാൻ ആരാ ഞാൻ ആരാണെന്ന് അറിയില്ല ഞാൻ നമ്മളെക്കുറിച്ച് തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ എൻ്റെ കഴിവ് എൻ്റെ സൗന്ദര്യം എൻ്റെ മിടുക്ക് എൻ്റെ ഞാൻ എത്ര പഠിക്കാൻ എത്ര സ്മാർട്ടാണ് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ എത്ര സ്മാർട്ടാണ് ഞാൻ പാടാൻ എത്ര സ്മാർട്ടാണ് എൻ്റെ കുക്കിംഗ് ആ ഞാനിപ്പോൾ കുക്കിങ് ഇപ്പോഴാണ് കുക്കിംഗ് പഠിച്ച ഇപ്പം കുക്കിങ് നല്ല എക്സലൻ്റ് ആയിരിക്കുന്നു ഏഹ് എന്തൊക്കെയാണ് നമുക്ക് ഓരോരോ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ ആകട്ടെ ഇതിലെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ നാം കാണും അപ്പൊ ചിന്തകൾ കാണുമ്പോ നമ്മൾ അതിനോട് ചേർന്ന് ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്ന് പറയുന്നതിന് പകരം അങ്ങനത്തെ ചിന്തകൾ കാണുമ്പോൾ ഈ ചിന്തകർത്താവെ എന്നെ അപകടത്തിലേക്ക് നയിക്കുന്ന ചിന്തയാണ് ഈ ചിന്തയിലൂടെയാണ് എൻ്റെ നിരൂപണങ്ങൾ വ്യർത്ഥമായി തീരുന്നത് ഞാൻ ഒരു ഡിപ്രൈവ്ഡ് മൈൻഡിന് ഉടമയായി തീർന്ന് അങ്ങയുടെ നാമത്തെ ദുഷിക്കുന്ന രീതിയിൽ എൻ്റെ പെരുമാറ്റം പിന്നീട് പോകാനുള്ള തുടക്കം എൻ്റെ ചിന്തയിലാണ് അപ്പം എൻ്റെ ചിന്തയിൽ ഞാൻ ഈ നീളത്തിൻ്റെ ചിന്തകൾ വരുമ്പോൾ ഉടനെ തന്നെ ദൈവവചനത്തിലേക്ക് ഞാൻ കൊണ്ടുവന്ന് കർത്താവെ ഞാൻ എത്ര ഉറച്ചു നിന്നാൽ ഞാൻ ഒരു ശ്വാസമാണല്ലോ കർത്താവേ ഞാൻ കർത്താവെ വയലിൽ ഒരു പുല്ലുപോലെ വാടിപ്പോകുന്നവനാണല്ലോ കർത്താവേ ഞാൻ എത്ര നിസ്സാരനാണ് കർത്താവെ ഞാൻ എന്നിൽ തന്നെ ഞാൻ ഇങ്ങനെ പുകഴുകയും ഞാനിങ്ങനെ കുഴപ്പമില്ല കേവനാണ് എന്ന് പറയുകയും ചെയ്യുന്ന എത്ര ഒരു നിസ്സാരനായ വ്യർത്ഥ മനുഷ്യനാണ് ഞാൻ കർത്താവെ എനിക്ക് താഴ്മയുടെ ചിന്തയെ നൽകണമേ കർത്താവെ മറ്റുള്ളവരെ ശ്രേഷ്ഠരെ എന്നെ സഹായിക്കണമേ എൻ്റെ ഈ കർത്താവ് ഈ ചിന്തയിൽ നിന്ന് നികള ചിന്തയിൽ നിന്ന് എനിക്ക് കർത്താവ് എത്രയും പെട്ടെന്ന് ഉടനെ നമ്മളത് ചിലപ്പോൾ കാണില്ല ഞാനും ചിലപ്പോൾ കണ്ടിട്ടുണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയായിരിക്കും അപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ കുറച്ചിങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങ് യാത്ര ചെയ്യുകയാണ് ആ രീതിയിൽ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ കാടുകയറി പെട്ടെന്നാണ് നമുക്കൊരു വെളിച്ചം വരുന്നത് അയ്യോ ഞാൻ എന്താ ഈ ചിന്തിക്കുന്നത് അറ്റ്ലീസ്റ്റ് വെളിച്ചം വരുമ്പോഴെങ്കിലും നമ്മൾ ആ ചിന്തക്കെതിരെ ചിന്തയ്ക്കെതിരെ നാം നിൽക്കുമോ അതോ ആ ചിന്തയോട് ആ അല്ല അങ്ങനെയല്ല നീ നീ ആ നീ കൊള്ളാം നീ കൊള്ളാം നീ കൊള്ളാം നീ നിന്നോട് തന്നെ ഞനമേ ഓവേ വാഴ്ത്തുക എന്ന് പറയുന്നതിന് നമ്മൾ നമ്മുടെ മനസ്സിനോട് എൻ മനമേ നിന്നെ തന്നെ വാഴ്ത്തുക എൻ മനമേ നിന്നെ തന്നെ പുകഴ്ത്തുക അങ്ങനെ പറയുന്ന ഒരു പ്രവണതയാണ് നമുക്കുള്ളത് നമുക്ക് അതിന് അതിന് പകരം നമുക്ക് ദൈവത്തെ വാഴ്ത്തുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ് ചിന്തകൾ നിങ്ങളെ ചിന്തകൾക്ക് പകരം താഴ്മയുള്ള ചിന്തകൾ അതുപോലെ നമ്മൾ നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ എന്തെങ്കിലും ഒരു കാര്യം വരുന്ന ഉടനെ നമുക്ക് സെൽഫ് ജസ്റ്റിഫയിങ് തോട്ട്സ് നമ്മളെ തന്നെ ന്യായീകരിക്കുന്ന ചിന്തകൾ ഇങ്ങനെ ഹൃദയത്തിലേക്ക് പോങ്ങി എന്നാലും അവൻ എന്നെ മനസ്സിലാക്കിയില്ല എന്നെ ശരിക്കും മനസ്സിലാക്കാത്തത് എന്നെ മനസ്സിലാക്കിയില്ല ഞാൻ ചിലരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല നിങ്ങൾ എങ്ങനെ കേട്ടിട്ടുണ്ടോ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഉണ്ടോ എന്നെ ഈ ചിന്തയുടെ ഉറവിടം എവിടുന്നാണ് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവസാനം ആരാ എന്നെ മനസ്സിലാക്കുന്നത് ഒറ്റ ഒരാളേ ഉള്ളു അതാരാണ് അത് ഞാൻ തന്നെ എനിക്ക് മാത്രമേ എന്നെ മനസ്സിലാവുന്നുള്ളൂ വേറെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു സ്വയ സഹതാപമാണ് സെൽഫ് പിറ്റി സെൽഫ് പിറ്റി നമ്മെ തന്നെ അങ്ങനെയല്ല മറ്റൊരു വ്യക്തി പറയുമ്പോൾ ആ പറയുന്നതായിരിക്കും ശരി എന്ന് ഞാൻ ചിന്തിക്കുക ഞാൻ തന്നെ പറയുന്നതാണ് ശരി എന്നെ മറ്റാരും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നതിന് പകരം എന്റെ ചിന്ത തെറ്റായിരിക്കാം എന്നെ കുറിച്ചുള്ള എൻ്റെ ചിന്ത തെറ്റായിരിക്കാം മറ്റേ വ്യക്തി പറയുന്നതായിരിക്കാം ശരി കർത്താവെ ആ വ്യക്തി പറയുന്ന എന്താന്ന് ഞാനൊന്ന് ചെവി കൊടുക്കട്ടെ ഇങ്ങനെയില്ലെങ്കിൽ എന്തു പറ്റും ഈ സ്വയന്യായീകരണത്തിന്റെ സെൽഫ് പിറ്റിയുടെ ഒക്കെ ചിന്ത സെൽഫ് പിറ്റിയുടെ ഒക്കെ ചിന്ത നമ്മെ കൂടുതൽ നമ്മുടെ വാക്കുകൾ നമ്മുടെ ജീവിതം അത് ദൈവത്തെ ദുഷിക്കുന്ന രീതിയിലേക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകും നമുക്ക് ദൈവത്തുള്ള വിശ്വാസമല്ല നാം പുറത്തേക്ക് കൊണ്ടുവരുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല അവിടെ ചെന്ന ആൾക്കാരോട് പബ്ലിക്കായിട്ട് ഇടയിൽ സംസാരിക്കുമ്പോഴും അയ്യോ ഞാൻ അയ്യോ എന്റെ അയ്യോ എന്നിങ്ങനെ എന്നെ ആരും മനസ്സിലാക്കുന്നതിൽ ഏത് രീതിയിലാണ് ദൈവത്തിന്റെ നാമം അവിടെ എങ്ങനെയാണ് മഹത്വപ്പെടുത്തുന്നു ആരുടെ നാമമാണ് ഇവിടെ മഹത്വപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത് നാം ശ്രമിക്കുന്നത് നമ്മുടെ നാമം തന്നെ മഹത്വപ്പെടുത്താനായിട്ടാണ് നാം ശ്രമിക്കുന്നത് നമുക്ക് പ്രിയ സൗരസ്വന്മാരെയും നമുക്ക് നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് വെളിച്ചം ലഭിക്കട്ടെ നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് പറയുന്നത് ഹൃദയം കാപട്ടിയമുള്ളതാണ് അതിനെ ആരാഞ്ഞ് അറിയുന്നവൻ ആരാണ് നമ്മുടെ ഹൃദയത്തെ നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല നമ്മുടെ ഹൃദയത്തെ അറിയുന്നത് ദൈവത്തിനാണ് ദൈവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തെ കാണേണ്ടത് അപ്പോൾ നമുക്ക് ഈ സെൽഫ് ജസ്റ്റിഫയിങ് തോട്ട്സിന് പകരം എൻ്റെ ഈ സാഹചര്യത്തിന് മേലെല്ലാം ദൈവത്തിന് നിയന്ത്രണമുണ്ട് ദൈവം മതിയായവനാണ് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെതായ ചിന്തകൾ അല്ലെങ്കിൽ എൻ്റെ സെൽഫ് ഫിറ്റിക്ക് പകരം ദൈവത്തിലുള്ളൊരു സുരക്ഷിതത്വത്തിൻ്റെ ചിന്തകൾ ദൈവം എത്ര നല്ലവനാണ് അവിടുന്ന് മതിയായവനാണ് ദൈവ എന്നെ സ്നേഹിക്കുന്നു ദൈവം എന്നെ സ്നേഹിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നു ദൈവം എനിക്ക് മതിയായവനാണ് ദൈവത്തിന് തെറ്റുപറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ചിന്തകളിലാണ് നാം കാര്യങ്ങൾ തുടങ്ങേണ്ടത് അപ്പോൾ നമ്മൾ ഓണറിങ് ഗാഡ് നാം ആഗ്രഹിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നമുക്ക് വേണം പക്ഷേ നമുക്ക് അത് നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ നമുക്ക് തുടങ്ങാം അവിടെ വ്യർത്ഥ നിരൂപണങ്ങൾ എന്ന് റോമാലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ട്രാൻസ്ലേഷനിൽ ഇംഗ്ലീഷിൽ ഒരു തർജ്ജിമയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോൺ സെൻസ് തിങ്കിങ് നോൺ സെൻസ് തിങ്കിങ് മറ്റൊരു തർജ്ജിമയിൽ പറഞ്ഞിരിക്കുന്നത് വെയിൻ ഇമാജിനേഷൻ വെയിൻ ഇമാജിനേഷൻ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ അത് നല്ല ചിന്തയല്ല എന്ന് കണ്ടെത്തി നമ്മൾ ഉടനെ തന്നെ മനസ്സിലാക്കണം ഇതൊരു നോൺസെൻസ് തിങ്കിംഗ് ആണ് ഈ നോൺ സെൻസ് തിങ്കിങ്ങിനെ ഞാൻ എന്തിനാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഈ നോൺ സെൻസ് തിങ്കിങ് എന്നെ പോകട്ടെ നമുക്ക് ആ രീതിയിൽ നമ്മുടെ ചിന്തകളിൽ നമുക്ക് തുടങ്ങാം രണ്ടാമതായിട്ട് നമുക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക നമ്മുടെ ചിന്തകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം ലൂക്കോസ് പതിനേഴ് പതിനഞ്ച് അവിടെ നമ്മൾ ഒരു കുഷ്ഠരോഗിയെക്കുറിച്ച് നാം കാണുന്നുണ്ട് ആ കുഷ്ഠരോഗിയെക്കുറിച്ച് നാം ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത് അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടിട്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു അവൻ്റെ കാൽക്കൽ വീണ് അവന് നന്ദി പറഞ്ഞു അവനോ ശമരിയക്കാരൻ ആയിരുന്നു നമുക്ക് നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ട് അറിയാം അവിടെ പത്ത് പേര് കുഷ്ഠരോഗികളായിരുന്നു പത്ത് പേർക്കും സൗഖ്യമായി യേശുവിൻ്റെ സ്നേഹം കരുണ അവരെ സ്പർശിച്ചു എന്നാൽ ഈ പത്ത് പേർക്കും സൗഖ്യമായി അവർ പോയെങ്കിലും ഇതാ ഒരു അന്യജാതിക്കാരനായ ഒരു ശമരിയക്കാരനായ ഒരു കുഷ്ഠരോഗിയാണ് തനിക്ക് സൗഖ്യം വന്നത് കണ്ടിട്ട് തിരികെ വന്ന് പക്ഷെ അവൻ അവനെക്കുറിച്ച് അവടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു അവൻ്റെ കാൽക്കൽ വീണ് അവന് നന്ദി പറഞ്ഞു പ്രിയ സൗരുസന്മാരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എത്രയെത്ര നന്മകളാണ് ചെയ്തത് നമ്മൾ ഇവിടെ പലപ്പോഴും പാട്ടു പാടുമ്പോ ദൈവത്തെ സ്തുതിക്കാനായിട്ടൊക്കെ പറയുമ്പോ പറയും നമ്മൾ വീണ്ടും ദൈവത്തെ സ്തുതിക്ക് കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്ക് നിങ്ങൾ ദൈവത്തെ സ്തുതിക്ക് നമ്മളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് കോച്ച് ചെയ്ത് സ്തുതിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് നമുക്കാർക്കും ഈ രീതിയിൽ ദൈവം ചെയ്ത നന്മകൾ നമ്മുടെ ഹൃദയത്തിൽ ആ രീതിയിൽ കർത്താവേ ഞാനിത് ഒരു കുഷ്ഠുരോഗിയായിരുന്നല്ലോ കർത്താവെ കുഷ്ഠരോഗിയായിരുന്നു എന്നെ അങ്ങ് സൗഖ്യമാക്കിയല്ലോ സൗഖ്യമാക്കിയപ്പോൾ അത് നമ്മുടെ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ മധ്യത്തിൽ മാത്രമല്ല നമുക്ക് ഉച്ചത്തിൽ വന്ന് ദൈവത്തിന് നന്ദി കരേറ്റാൻ ദൈവത്തെ സ്തുതിക്കാൻ അങ്ങനെയും നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മൾ ആയിരിക്കുന്ന സ്കൂളിൽ സ്കൂൾ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ കൂടെയുള്ളവർക്ക് അറിയാമോ നിങ്ങൾ യഥാർത്ഥ ഒരു ഗൗരവമുള്ള ക്രിസ്ത്യാനി അവർക്കറിയാമോ അതെങ്ങനെയാണ് അവരറിയുക നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഈ സ്കൂളിൻ്റെ ഐഡൻറിറ്റി കാർഡ് ഇവിടെ വയ്ക്കും സ്കൂളിൻ്റെ ഐ ഡി ഐ ഡി കാർഡും ധരിച്ചുകൊണ്ടല്ലേ പോകുന്നത് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ആ ഞാൻ ചിലരെങ്ങനെ എഴുതാറുണ്ട് ജീസസ് ലവ്സ് യു അങ്ങനെ എന്തെങ്കിലും ഒരു ബാഡ്ജ് അല്ലെങ്കിൽ വെച്ച് ഐ എ ക്രിസ്ത്യൻ എന്നൊരു ബാഡ്ജ് വെച്ചുകൊണ്ടാണോ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടത് അങ്ങനെയല്ല നമ്മൾ സാധാരണ സ്കൂൾ യൂണിഫോമിൽ സ്കൂളിൽ പോകുന്നു സാധാരണ കോളേജ് യൂണിഫോമിൽ കോളേജിൽ പോകുന്നു നമ്മുടെ ജോലി സ്ഥലത്തുള്ള രീതിയിൽ നമ്മൾ ജോലി സ്ഥലത്തായിരിക്കുന്നു നമ്മുടെ പക്ഷേ അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു നന്മ വരുമ്പോൾ ഇതിൻ്റെ ഉറവിടം കർത്താവാണ് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ കർത്താവ് എനിക്ക് ഇവിടെ ഉണ്ട് കർത്താവ് എന്നെ സഹായിക്കും നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് മതിയായവനാണ് എനിക്ക് വളരെ ഉത്സാഹം തരുന്ന ഒരു ഞങ്ങളുടെ കോളേജിൽ ഒരു ഡീൻ വന്ന് ജോയിൻ ചെയ്തു അദ്ദേഹം ഒരു ദൈവഭക്തനായ മനുഷ്യനാണ് അപ്പൊ അദ്ദേഹം വന്ന് അദ്ദേഹം അദ്ദേഹം വളരെ നല്ല പ്രായമുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യയിലും പുറത്തുമൊക്കെ അനേക വർഷങ്ങൾ ജോലി ചെയ്ത ഒരു മനുഷ്യനാണ് എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏകദേശം നാൽപ്പതോ അൻപതോ വയസ്സിന് അടുത്ത് പ്രായമുള്ളപ്പോഴാണ് കർത്താവിനെ അറിയുവാനായിട്ട് അദ്ദേഹത്തിനിടയായത് എന്നാൽ കർത്താവിനെ അറിഞ്ഞ ശേഷം അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ പിൻപറ്റുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ചില ട്രയൽസിൽ കൂടി അദ്ദേഹത്തിന് കടന്നു വന്നു ഇപ്പോഴും അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മകളുടെയൊക്കെ ചില അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ആ രീതിയിലുള്ള പ്രയാസത്തിലൂടെയാണ് അദ്ദേഹം കടന്നു അതുകൊണ്ട് തന്നെ ഈ സാറിന് എപ്പോഴും ദൈവത്തിലുള്ള ഒരു ആശ്രയമുണ്ട് അദ്ദേഹം എന്ത് ഒഫീഷ്യൽ ആകട്ടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മെയിൽ അയച്ചാലും അതിന്റെ കൂട്ടത്തിൽ അവസാനം ഗോഡ് വിൽ ഹെൽപ്പ് എസ് ഗോഡ് വിൽ ചേഞ്ച് ദ സിറ്റുവേഷൻ ആസ് അദ്ദേഹം റിസർച്ചിന്റെ ഡീനാണ് അപ്പൊ അദ്ദേഹം പറയും ഗോഡ് വിൽ ഹെൽപ്പ് എസ് ടു ബ്രിങ് എ റിസർച്ച് കൾച്ചർ ഇൻ ദിസ് ഓർഗനൈസേഷൻ അവസാനത്തിന്റെ അദ്ദേഹത്തിന്റെ അവസാന സെന്റൻസ് അങ്ങനെയായിരിക്കും ഇവിടെ ഒരു ഈ സ്ഥാപനത്തിൽ ഒരു റിസർച്ച് കൾച്ചർ ഉണ്ടാകാൻ ദൈവം നമ്മെ സഹായിക്കും അപ്പൊ അദ്ദേഹത്തിനൊരു ലജ്ജയില്ല എല്ലായിടത്തും ദൈവത്തെ പറയാൻ ദൈവത്തിൻ്റെ നാമം ഉയർത്താൻ ഞാൻ അതുകൊണ്ട് ജ്ഞാനമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളൊരു ഈ ഈ രീതിയിൽ സുവിശേഷ വിരോധികളുള്ള ഒരു സ്ഥലത്തും ജ്ഞാനമില്ലാതെ ഇങ്ങനെ പറയണം എന്നല്ല ഞാൻ പറയുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത ഞങ്ങളൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ് ആയതുകൊണ്ട് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് കുഴപ്പമില്ല എന്നാലും ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു എല്ലാ സാഹചര്യത്തിലും അദ്ദേഹം ഏത് മീറ്റിങ്ങിലാണെങ്കിലും എവിടെയും ഏതെങ്കിലും രീതിയിൽ ദൈവത്തിൻ്റെ നാമം അദ്ദേഹം ഉയർത്തും ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച് അദ്ദേഹം പറയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ദൈവത്തിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്തും പ്രിയ കുഞ്ഞുങ്ങളെ പ്രിയ ചെറുപ്പക്കാരെ നമ്മളൊക്കെ ഇങ്ങനെ നമ്മൾ പറയും ഞാനൊരു സീക്രട്ട് ക്രിസ്ത്യനാണ് നിങ്ങൾ സീക്രട്ട് ക്രിസ്ത്യനായിട്ട് അവിടെ പീഡനമുള്ള ചൈനയുടെ ചൈനയിലോ അവിടെയൊക്കെ അണ്ടർഗ്രൗണ്ട് ക്രിസ്ത്യൻസ് അണ്ടർഗ്രൗണ്ട് ചർച്ചസൊക്കെയുണ്ട് നമുക്ക് ഈ രീതിയിൽ നമുക്കിങ്ങനെ പീഡനങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വായകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മുടെ സാഹചര്യത്തിന്റെ മധ്യത്തിൽ ഇവിടെ ദൈവം എന്നെ സഹായിക്കും ദൈവം എന്നോട് കൂടെയിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം നമുക്ക് ഓരോ സാഹചര്യത്തിലും അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നന്ദി വരും നമുക്കൊരു വാക്കുകൊണ്ട് ആ സാഹചര്യത്തിൽ ദൈവത്തിന് നന്ദി കരയേറ്റുക ഇവിടെ ദൈവമാണ് എന്നെ സഹായിച്ചത് നമുക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുമ്പോൾ ദൈവമാണ് എന്നെ സഹായിച്ചത് നമുക്ക് അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ മഹത്വം കരയേറ്റുക എല്ലാ മഹത്വവും നമ്മുടെ അടുക്കലേക്ക് മഹത്വം വരുമ്പോ അത് ഉടനെ ദൈവത്തിങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ദൈവത്തിന്റെ മഹത്വം നമ്മൾ കരയേറ്റുക നമ്മുടെ എല്ലാത്തിന്റെയും ഉറവിടം ജീവന്റെ ഉറവിടം ക്രിസ്തു എന്ന് നാം ഒരു പാട്ടുപാടാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ നന്മയുടെയും ഉറവിടം നമ്മുടെ എല്ലാ ഉറവിടം അത് ദൈവമാണ് അത് കർത്താവാണ് കർത്താവ് തന്നെ സഹായിച്ചിട്ടാണ് എന്ന് നമ്മുടെ വാക്കുകളിലൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ മധ്യത്തിലും നാം നമ്മുടെ വാക്കുകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നാം ചെയ്യുന്നത് പ്രിയസോസന്മാരെ നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നും ദൈവത്തിൻ്റെ വചനം പറയും ഒന്ന് കുരിന്ദിയർ ആറാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം ഒന്ന് കുരിന്ത്യർ ആറാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം അവിടെ വായിക്കുന്നത് ഞാൻ പത്തൊമ്പതും ഇരുപതും ചേർത്ത് വായിക്കാം ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താൻ എന്നും അറിയുന്നില്ലയോ ആകെയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആകെയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അപ്പം നമ്മുടെ ചിന്തകൾ നമ്മുടെ വാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളിൽ അതിനെ തുടർന്ന് നമ്മുടെ ശരീരം കൊണ്ടും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തും ഒരു സമയത്ത് ദൈവത്തെ ദുഷിക്കുവാനുപയോഗിച്ച ദൈവത്തിൻ്റെ നാമത്തിന് ദുഷിപ്പായിരുന്ന നമ്മുടെ ശരീരാവയവങ്ങൾ അത് നമ്മുടെ കൈ കണ്ണാകട്ടെ കാലാകട്ടെ അതിനെ നമുക്ക് ഉപയോഗിച്ച് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നമുക്ക് ഉപയോഗിക്കുവാൻ നമ്മുടെ അവയവങ്ങൾ നമ്മുടെ കണ്ണും നമ്മുടെ കാലും നമ്മുടെ കൈയും നമ്മുടെ നാവും നമ്മുടെ എല്ലാ ശരീരത്തിൻ്റെ അവയവങ്ങളും കർത്താവെ എൻ്റെ അവയവങ്ങളെ ഞാനിതാ അങ്ങയുടെ മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു ഈ കർത്താവെ ഈ അവയവങ്ങൾ ഒരു കാലത്ത് അങ്ങയുടെ നാമത്തെ ദുഷിക്കുവാനായിട്ട് ഉപയോഗിച്ചതിനെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നു കർത്താവെ നമുക്ക് എപ്പോഴും അതിനെക്കുറിച്ച് ഓർത്ത് കർത്താവെ ഞാൻ ആ രീതിയിൽ അങ്ങേ ദുഷിച്ചല്ലോ എന്നോട് ക്ഷമിക്കണമേ എന്നാൽ ഇതാ എൻ്റെ അവയവങ്ങൾ കൊണ്ട് കർത്താവെ അങ്ങയുടെ നാമത്തെ എനിക്ക് മഹത്വപ്പെടുത്തണം അങ്ങയുടെ നാമത്തിൻ്റെ പുകഴ്ചയ്ക്കായി എൻ്റെ അവയവങ്ങൾ തീരണം റോമലെങ്കിൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങൾ ജീവനുള്ള വിശുദ്ധിയുമുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ യാഗമായി നിങ്ങൾ സമർപ്പിക്കുക അതാണ് ബുദ്ധിയുള്ള ആരാധന ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ അവയവങ്ങളെ നാം സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ അവയവങ്ങളിലൂടെ നാം ദൈവഹിതം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ചിന്തകളിൽ വരുന്ന നല്ല ചിന്തകൾ നമ്മുടെ അവയവങ്ങളിലൂടെ അത് മറ്റുള്ളവർക്ക് അത് പോസിറ്റീവായിട്ട് കാണാനായിട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത് നമുക്ക് നാലാമതായിട്ട് നാം ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് യോഹനാൻ പതിനഞ്ചിന്റെ എട്ടാം വാക്യം നാം ഫലമുള്ള ഒരു ജീവിതം യോഹനൻ പതിനഞ്ചിന്റെ എട്ട് എട്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു നിങ്ങൾ വളരെ ഫലം കായിക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മൈ ഫാദർ ഇസ് ഗ്ലോറിഫൈഡ് ബൈ ദിസ് That you bear much fruit and so prove to be my disciple. Now, since we are all seven or two agents, <coughs> we will tell what to say about ourselves. That is how our God responds to our legislature. This is on a deep level of choice, because I found the Андnoon of the Ved welche ഞാൻ കുറേ നാളായിട്ട് കർത്താവെ ഞാനിങ്ങനെ ഒരു ന്യൂട്രലായിട്ട് ശീതോഷ്ണവാനായിട്ട് ഞാൻ പോവുകയാണ് എന്നാൽ കർത്താവെ എനിക്ക് ഇനിയുള്ള ജീവിതം കർത്താവ് എനിക്ക് കഴിഞ്ഞതിനെക്കുറിച്ച് എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷെ ഇനിയുള്ള ജീവിതം കർത്താവ് എനിക്ക് ഒരു ഫല ഫലകരമായ ഒരു ജീവിതം കർത്താവെ ഞാനൊരു ശിഷ്യനെന്ന് എൻ്റെ ജീവിതത്തിലൂടെ നിരൂപിക്കുന്ന ഒരു ജീവിതം അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം എനിക്ക് വേണം നമ്മൾ മത്തായ നാലാം അധ്യായത്തിൽ നമ്മുടെ അവിടെ ക്രിസ്തീയെ കുറിച്ച് ക്രിസ്തീയതയെ കുറിച്ച് പറയുമ്പോൾ ആ പർവ്വത പ്രസംഗത്തിന്റെ ആ ഭാഗത്ത് യേശു ക്രിസ്തു പറയുന്നത് നമ്മെ കുറിച്ച് പറയുന്നത് ആ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു നിങ്ങൾ ഭൂമിയുടെ ഐ മീൻ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഭൂമിയുടെ ഉപ്പ് ലോകത്തിന്റെ വെളിച്ചം അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ അതിലൂടെ എന്താണ് കർത്താവ് പറയുന്നത് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കുകയാണെങ്കിൽ അഞ്ചാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം നിങ്ങൾ ഞാൻ പതിമൂന്ന് മുതൽ വായിക്കാം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നു കൊണ്ട് രസം പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടിക്കൊള്ളുവാനല്ലാതെ മറ്റൊ മറ്റെന്ത് മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കുവാൻ പാടില്ല വിളക്ക് കത്തിച്ച് പറയൻ കീഴല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത് അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അത് കഴിഞ്ഞ് പതിനാറാം വാക്യത്തിൽ പറയുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സൃഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുമ്പോൾ പ്രകാശിക്കുമ്പോൾ എന്താ സംഭവിക്കേണ്ടത് അവരെ നിങ്ങളെത്ര നല്ല ആളാണ് എന്ന ആൾക്കാർ പറയുക വേണ്ടത് അങ്ങനെ പറയരുത് പലപ്പോഴും നമുക്ക് അതാണ് വളരെ എളുപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉടനെ ഇവിടെ ഇത് വായിക്കുന്ന ഉടനെ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ ആ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തു ആ സഹോദരന് എത്ര നല്ല ഒരു പ്രവൃത്തിയെ ആ സഹോദരി എത്ര നല്ല ഒരു പ്രവൃത്തിയാണ് അവിടെ ആ ബുദ്ധിമുട്ടിലിരിക്കുന്ന എത്ര നല്ല പ്രവൃത്തി ചെയ്തു നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഓക്കെ പക്ഷേ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് ഈ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങ് മറഞ്ഞു നമ്മളെ കാണുന്നില്ല ദൈവത്തെ ആളുകൾ മഹത്വപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു ഇതെത്ര അത്ഭുതകരമായൊരു കാര്യമാണ് അതൊരു വളരെ വളരെ കൃപ വേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലുമൊന്ന് ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളെ ആരും കാണുന്നില്ല പക്ഷേ ദൈവത്തെ ആൾക്കാർ മഹത്വപ്പെടുത്തും യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അനേക സമയത്ത് പലപ്പോഴും ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അനേക സമയത്ത് ഇങ്ങനെയങ്ങ് ചെയ്തു ചെയ്തു കഴിഞ്ഞ് ഉടനെ യേശുക്രിസ്തു എവിടെ നിങ്ങൾ ചെയ്തു നീ ആരോടും പറയരുതെന്ന് പറയുന്നു പക്ഷേ അവസാനം ആൾക്കാരെല്ലാം കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തു ദൈവത്തെ മുഹത്വപ്പെടുത്തു ദൈവത്തെ മഹത്വപ്പെടുത്തും നമുക്ക് ഇത് ഇങ്ങനെയുള്ള ചില പ്രവൃത്തികൾ എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് എന്നാൽ ഇവിടെ ഈ വെളിച്ചത്തെ പറയുമ്പോൾ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ഗുഡ് വർക്ക്സ് അപ്പോ നമ്മള് ഞാനത് എന്താണ് ഈ നല്ല പ്രവൃത്തി വർക്ക് എന്നുള്ള വാക്ക് ഞാനൊന്ന് പരിശോധിക്കുക അത് പരിശോധിച്ചപ്പോ വർക്ക് എന്ന് പറയുന്ന വാക്ക് ഗുഡ് വർക്കിലെ വർക്ക് എന്ന് പറയുന്ന വാക്ക് അത് അതിൻ്റെ നമ്മൾ സാധാരണ ഈ മൂല പദവും മൂലഭാഷയും ഗ്രീക്കും ഒന്നും നോക്കാറില്ല എന്നാൽ പോലും നമുക്കങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാനുള്ള ചില സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ പോലും ബൈബിളിലൊക്കെ അങ്ങനെയുള്ള സൗകര്യമുണ്ട് അപ്പോൾ അത് നോക്കിയാൽ അത് എർഗോൺ എന്ന് പറഞ്ഞ ഒരു പദമാണ് ഈ എർഗോൺ എന്ന് പറഞ്ഞ പദത്തിന് അതിൻ്റെ അർത്ഥം ഈ തെയേഴ്സ് ഡെഫിനിഷൻ എന്ന് പറയുന്ന ഡിക്ഷണറിയിൽ ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് അത് അതിൻ്റെ ഒന്നാമത്തെ മീനിങ് ആ വർക്ക് ബിസിനസ് എംപ്ലോയ്മെൻറ്റ് ദാറ്റ് വിച്ച് എനി വൺ അല്ലെങ്കിൽ एंटरप्राइज അണ്ടർടേക്കിംഗ് അപ്പോൾ ഇതിനേയാണ് ഈ പ്രവൃത്തി എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഒരു സമയത്ത് ഓക്കേ ഇന്നൊരു പ്രവൃത്തി അതുകൊണ്ട് ഞാൻ അതല്ലന്നല്ല ഞാൻ പറയും പക്ഷേ അതിന് അതിൻ്റെ മുകളിൽ അതിനും ബിയോണ്ട് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ ജോലി നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നാം എന്തിൽ മുഴുകിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം നമ്മുടെ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ രണ്ടാമത്തെ അർത്ഥം അവിടെ പറഞ്ഞിരിക്കുന്നു എനി പ്രോഡക്റ്റ് വാട്ടവർ എനിതിങ് അകംപ്ലിഷ്ഡ് ബൈ ഹാൻഡ് ി ഓർ മൈൻഡ് ഏ നമ്മൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് നമ്മുടെ ചിന്തയിലൂടെ രൂപപ്പെടുന്ന ഒരു കാര്യം ഇതെല്ലാം ഒരു വർക്കാണ് ഇതെല്ലാം ഈ വർക്കാണ് അപ്പോൾ നമ്മുടെ ചിന്തയിലൂടെ രൂപപ്പെടുന്ന കാര്യം നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന കാര്യം നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഇതെല്ലാം കാണുമ്പോൾ ആളുകൾ എന്താ പറയേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തെ മോൾ അപ്പോൾ ഏതെങ്കിലും ഒറ്റയ്ക്കുള്ള ഒരു പ്രവൃത്തി എന്നുള്ളതിനപ്പുറത്ത് ഇതിനെ നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് കാണാനായിട്ട് കഴിയണം നമ്മുടെ ജീവിതം കാണുമ്പോൾ നമ്മുടെ ജോലിസ്ഥലത്തേക്ക് ആളുകൾ വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആളുകൾ വരുമ്പോൾ നമ്മുടെ ഓരോരോ ഡീലിങ് ആളുകൾ കാണുമ്പോൾ നമ്മളെ ചിന്തകളിലൂടെ രൂപപ്പെടുന്ന നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾ കേൾക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ആളുകൾ കാണുമ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ പറയണം ദൈവത്തിൻ്റെ നാമം ഈ പ്രവൃത്തി കാണുമ്പോൾ അതിനെ തുടർന്ന് നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സൃഗസ്സനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നമുക്ക് എത്രയൊരു വെല്ലുവിളിയാണ് കർത്താവെ എൻ്റെ ഒരു ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശമായി തീരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വെളിച്ചമായി തീരണം കർത്താവെ അത് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ വാക്കുകൾ എൻ്റെ ചിന്തയിൽ ചിന്തയിലൂടെ എൻ്റെ വാക്കിലൂടെ എൻ്റെ ശരീരത്തിലൂടെ കർത്താവ് എനിക്കൊരു ഫ്രൂട്ട്ഫുൾ ആയ ഫലകരമായ ഒരു ജീവിതം ഞാൻ ഒരു ശിഷ്യനെ നിന്ന് മറ്റുള്ളവരുടെ മുമ്പാകെ ദൈവത്തിൻ്റെ നാമത്തെ മഹുത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നമ്മൾ ഒന്ന് പത്രോസിലും ഇങ്ങനെയൊരു വാക്യമുണ്ട് ഒന്ന് പത്രോസിൽ രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു പത്രോസ് ലേഖനം എഴുതുമ്പോൾ പത്രോസും പറയുകയാണ് നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ആ നല്ല പ്രവർത്തി ഇവിടെയും ഈ പ്രവൃത്തി എന്ന് പറയുന്നത് എർഗോൺ എന്ന് പറഞ്ഞ ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ നല്ല ജീവിതത്തെ കണ്ട് നിങ്ങളുടെ ആ നല്ലൊരു ബിസിനസ്സിനെ കണ്ട് നിങ്ങളുടെ ആ നല്ല മനോഭാവത്തെ കണ്ട് നിങ്ങളുടെ ആ ഇടപെടലുകളെ കണ്ട് നിങ്ങളുടെ എല്ലാ ജീവിതത്തിന്റെ മേഖലകളിലുമുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രവൃത്തിയെ കണ്ട് അവര് ആ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് കർത്താവിനെ മഹത്വപ്പെടുത്തണം അങ്ങനെ നിങ്ങളുടെ നടപ്പ് നിങ്ങളുടെ ജീവിതം അങ്ങനെ കർത്താവിൻ്റെ മഹത്വത്തിനായി തീരണം എന്നാണ് അവിടെ നാം വായിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ഞങ്ങൾ എ ഡബ്ല്യു ടോസറിൻ്റെ ഒരു ലേഖനം ഞങ്ങൾ പഠിക്കുകയായിരുന്നു അപ്പം എ ഡബ്ല്യു ഈ ലേഖനം ഞങ്ങൾ പഠിച്ചപ്പോൾ അത് വളരെ ഉത്സാഹം പകരുന്ന ഒരു ലേഖനമായിരുന്നു ആ ലേഖനം ഇങ്ങനെയായിരുന്നു ആത്മീക ശക്തിക്ക് വേണ്ടിയുള്ള അഞ്ച് തീരുമാനങ്ങൾ ആത്മീക ശക്തിക്ക് വേണ്ടിയുള്ള നിങ്ങൾക്ക് ആത്മീയ ശക്തി വേണോ ആത്മീയ ശക്തിയുള്ള ജീവിതം നിങ്ങൾക്ക് വേണോ അതിനുള്ള വേണ്ടിയുള്ള അഞ്ച് തീരുമാനങ്ങൾ അപ്പം അതിനകത്ത് ഒന്നാമതായി പറഞ്ഞിരുന്നത് നിങ്ങൾ പാപത്തോട് വളരെ കാർക്കശ്യത്തോട് നിലപാടെടുക്കുക ഡീൽ തറലി വിൻ രണ്ടാമത് പറഞ്ഞത് നെവർ ഓൺ എനിത്തിങ് ഒന്നും നിങ്ങൾ നിങ്ങൾക്കിടെ സ്വന്തം എന്ന് നിങ്ങൾ പറയരുത് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുകയായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോൾ അവരെപ്പോഴും കൈ മുറുക്കി പിടിച്ചുകൊണ്ടാണ് ജയി അപ്പോൾ അവർ കൈ എപ്പോഴും മുറുക്കി പിടിക്കും അവരെപ്പോഴും പറയും അവർ കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു സാധനം കയ്യിലെടുത്തു ഒരു ബോൾ കയ്യിലെടുത്തു എൻ്റേതാണ് എന്റേതാണ് മൈൻ മൈൻ മൈൻ അപ്പൊ ഇത് ഈ സ്വഭാവം കുഞ്ഞുങ്ങളുടെയാണ് അപ്പൊ അദ്ദേഹം പറയുകയായിരുന്നു നമ്മെ സംബന്ധിച്ചോളം നമുക്ക് സ്വാതന്ത്ര്യമുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഫലകരമായ ജീവിതം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്റേത് എന്നുള്ള ഈ പൊസിവ് നേച്ചർ എനിക്ക് പല കാര്യങ്ങൾ എനിക്ക് ഉപയോഗിക്കാം പല കാര്യങ്ങൾ എനിക്കുണ്ട് പക്ഷെ എൻ്റെതാണ് ഇതെൻറ്റേതാണ് എന്നുള്ള ഈ മനോഭാവമാണ് നമ്മുടെ എല്ലാ അസ്വസ്ഥതയ്ക്കും കാരണം എന്ന് അദ്ദേഹം പറയും പല കാര്യം എൻ്റെതാണെങ്കിലും അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ പ്രയാസം എൻ്റെ അല്ലേ അത് അല്ലെങ്കിൽ തൊടുമ്പോഴത്തേക്ക് പ്രകാശം പ്രയാസം പക്ഷേ ഇത് എന്റെ അല്ല ഞാൻ ദൈവത്തിന് ഏൽപ്പിച്ച് കൊടുത്തു നമുക്ക് ഒത്തിരി സ്വസ്ഥതയുണ്ടാവും അപ്പൊ നെവർ ഓൺ ഇനതിങ് എന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ ഒരിക്കലും നമ്മെ തന്നെ ന്യായീകരിക്കും നെവർ ഡിഫെൻഡ് യുവർ സെൽഫ് നിങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു ഈ രീതിയിൽ മറ്റുള്ളവര് നമ്മളെ എന്തെങ്കിലും പറയുന്നു പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെ തന്നെ ന്യായീകരിക്കാൻ ഏഹ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഫലകരമായ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം വേണോ ആഴമുള്ളൊരു ജീവിതം വേണോ എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഡിഫെൻഡ് ചെയ്യരുത് എന്നിട്ട് അദ്ദേഹം നാലാമതായിട്ട് പറഞ്ഞു നെവർ പാസ് ഓൺ എനിത്തിങ് അബൌട്ട് എനിബഡി എൽസ് ദാറ്റ് വിൽ ഹേർട്ട് ഹിം മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് നിങ്ങൾ പറയാതിരിക്കുക നിങ്ങൾ മറ്റുള്ളവരോട് അതിനെ കുറിച്ച് ഇങ്ങനെ കിംവതന്തി പറഞ്ഞ് നിങ്ങൾ പരദൂഷ്ടം പറയാതിരിക്കുക അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞു നെവർ accept any glory orikkilum oru mahattum ningalkku vendi thanne ningal swigikarad never accept any glory ningalde mahattum adu ningal ningal swigikarad ningalkku vendiyulla oru mahattum ningal swigikarad appo namakku ee reethiyil devathe mahathapettunna oru jeevitham venam endundengil yana ee oru karyam kuda yan orthathundaanu yan adu paranjathu appo devathe mahathapettanam engil nammal enda nammal adinodu chernu nammal arinjirikkum adinte oru corollary pole avan valareanam നമുക്കൊക്കെ താല്പര്യമുണ്ട് അവൻ വളരെയാണ് കർത്താവ് വളരെയാണ് കർത്താവ് ഉയരണം കർത്താവ് വളരെയാണ് അവൻ വളരണം പക്ഷേ അവൻ വളരെയണം എന്ന് പറയുമ്പോ അതിനോട് ചേർന്ന് എന്താ പറയുന്നത് ഞാനോ കുറയണം ഞാനോ കുറയണം അപ്പോ ഞാൻ എൻ്റെ ഗ്ലോറി ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന എൻ്റെ പേര് എൻ്റെ ഗ്ലോറി എന്നെ ആളുകൾ പുകഴ്ത്തണം ഇങ്ങനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും എനിക്ക് കർത്താവിന്റെ മഹത്വത്തിനായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴുകേയില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നമ്മൾ നാലാമതായി പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഫലകരമായ ജീവിതം അതിലൂടെ നാം നമ്മെ തന്നെ ഒരു ശിഷ്യരാക്കി ആ ശിഷ്യത്വമുള്ള ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തെ കണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളെ കണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തെ കണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള ഉപ്പിനെ കണ്ട് അപ്പോൾ നമ്മൾ നല്ല നല്ലൊരു ഭക്ഷണം കൊണ്ടുവന്നു നല്ല ഭക്ഷണം കൊണ്ടുവന്ന് അത് നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ നമ്മൾ എന്താ പറയുക നല്ല ഭക്ഷണമാണ് നല്ല ഭക്ഷണമാണ് അപ്പോൾ ഉടനെ നമ്മൾ ഈ ഉപ്പ് ഇവിടെ നിന്ന് ആരും എന്താ പറയാത്ത ഇത് നല്ല ഉപ്പാന്ന് ആരും എന്താ പറയാ നല്ല ഉപ്പാന്ന് ആരും ആരും എന്താ നമ്മൾ അങ്ങനെ പറയാറില്ലല്ലോ ഉപ്പ് ഭക്ഷണത്തിന് രുചി കൊടുക്കുന്നു പക്ഷെ ഉപ്പങ്ങ് ഡിസപ്പിയർ ചെയ്തു ഉപ്പിനെ ആരും കാണുന്നില്ല ഉപ്പിനെ കുറിച്ച് ആരും പറയുന്നില്ല ഉപ്പ് കുറയുകയാണെങ്കിൽ പറയും പക്ഷേ അല്ലെങ്കിൽ നല്ല ഭക്ഷണം മാത്രം അല്ലെങ്കിൽ നമ്മളൊരു നമ്മൾ നല്ലൊരു പെയിന്റിങ് കാണണം അപ്പോൾ പെയിന്റിങ് പെയിന്റിങ് കാണാനായിട്ട് നമ്മൾ നല്ലതായിട്ട് വെളിച്ചം ലൈറ്റിട്ടു ലൈറ്റ് ഇട്ടു ലൈറ്റ് വെളിച്ചത്തിൽ ആ പെയിന്റിങ് ലൈറ്റ് പെയിന്റിങ് നന്നായിട്ട് കാണുന്നു അപ്പൊ നമ്മൾ എന്താ പെയിന്റിംഗിൽ നോക്കിയിട്ട് എന്ത് നല്ല വെളിച്ചം നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ അങ്ങനെ പറയാറില്ല നമ്മളെ പെയിന്റിങ് നോക്കിയിട്ട് ഈ പെയിന്റിംഗ് എത്ര മനോഹരമായിരിക്കുന്നു ഈ പെയിന്റിങ്ങിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും എനിക്കിപ്പോൾ ഈ വെളിച്ചത്തിൽ കാണാനായിട്ട് പറ്റും പ്രിയ സൗരസൗരന്മാരെ നമ്മുടെ വെളിച്ചം കാണുമ്പോൾ ആളുകൾ കർത്താവിനെ മഹത്വപ്പെടുത്തണം നമ്മുടെ നമ്മുടെ കാരമുള്ള ഉപ്പാണ് നമ്മളെങ്കിൽ നമ്മൾ ആ ഭക്ഷണത്തിൽ മറിഞ്ഞിരുന്ന് ആ ഭക്ഷണത്തെ ആളുകൾ മഹത്വപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ജീവിതം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം നമുക്കിതൊരു ഇതൊരു വെല്ലുവിളിയാണ് നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ വാക്കൊക്കെ പറഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ പകുതി കർത്താവെ ഫിഫ്റ്റി ഫിഫ്റ്റി അതെങ്ങനെയൊരു അറേഞ്ച്മെൻറ് ആണ് ഫിഫ്റ്റി ഫിഫ്റ്റി അതായത് പകുതി ഗ്ലോറി എനിക്ക് പകുതി അങ്ങേക്ക് പകുതി എനിക്ക് അപ്പം നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ചുറ്റിനും കേൾക്കാറില്ലേ എങ്ങനെയാണ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് കർത്താവിൻ്റെ കർത്താവിൻ്റെ വിലയേറിയ ദാസം പറയുന്നത് വിലയേറിയ കർത്താവിന്റെ വിലയറിയ ദാസൻ എന്ന് പോലും അല്ലേ പറയുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെന്റ് ഫിഫ്റ്റി പെർസെന്റ് എന്ന് പറയാം പക്ഷെ പറയുന്നത് കർത്താവിന്റെ ചെറിയ കർത്താവിന്റെ വിലയേറിയ ദാസൻ കർത്താവിന്റെ വിലയേറിയ ദാസൻ അപ്പൊ നമ്മള് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഇപ്പൊ എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റേജില് ഒരു കല്യാണം കല്യാണമാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ് അപ്പൊ സ്റ്റേജിൽ എനിക്ക് എനിക്ക് ഇരിപ്പിടം വേണം അപ്പൊ കർത്താവിന്റെ സാന്നിധ്യം ഇല്ലെങ്കിലും എന്റെ സാന്നിധ്യം അവിടെ കാണാൻ അറിയണം എന്റെ സാന്നിധ്യം അത് അറിയണം എൻ്റെ സാന്നി നമ്മൾ നമ്മളിങ്ങനെ എൻ്റെ സാന്നിധ്യം എൻ്റെ പേര് ഇതിനെക്കുറിച്ച് നാം ബോധവാന്മാരാണെങ്കിൽ അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല നമ്മളം പ്രിയ സൗരസ്വന്മാരെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇത് ആഗ്രഹിക്കാം കർത്താവ് എനിക്ക് ഫലകരമായി എങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം എനിക്ക് നൽകണം നാം ഇതുവരെ ചിന്തിച്ചു നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ നമുക്ക് അതിനപ്പുറത്ത് ഫലകരമായ ഒരു ജീവിതത്തിലൂടെ ശിഷ്യന്മാരായ എന്നുള്ള നിലയിൽ നമ്മുടെ വെളിച്ചവും നമ്മുടെ ഉപ്പും ഈ ലോകം കണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ചിന്തകൾക്ക് വിരാൻ വിടട്ടെ അവസാനമായി മരണത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക മരണത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക ഞാൻ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചില വാക്യങ്ങൾ നോക്കിയാൽ ഈ കാര്യത്തെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തതയും ഉണ്ടാവും യോഹന്നൻ ഒന്നാമതായി യോഹനൻ ഏഴിൻ്റെ മുപ്പത്തി ഒമ്പത് യോഹനേഴിൻ്റെ മുപ്പത്തി ഒമ്പത് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു അവിടെ നമ്മൾ അവനിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവിതജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് മുപ്പത്തിയെട്ടാം വാക്യത്തിൽ പറഞ്ഞ ശേഷം മുപ്പത്തിയൊമ്പതാം വാക്യത്തിൽ അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായ്മയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു അപ്പൊ മുപ്പത്തി ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് അതില്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിങ്ങനെയാണ് ദ സ്പിരിറ്റ് വാസ് നോട്ട് ബിക്കോസ് ജീസസ് വാസ് നോട്ട് എറ്റ് ഗ്ലോറിഫൈഡ് ജീസസ് വാസ് നോട്ട് എറ്റ് ഗ്ലോറിഫൈഡ് അപ്പൊ എന്താണ് യേശു ക്രിസ്തു ആയിരുന്നില്ല എന്ന് പറയുന്ന നോട്ട് എറ്റ് ഗ്ലോറിഫൈഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ആ ഭാഗം നമ്മൾ വായിച്ചാൽ യേശു തൻ്റെ ജീവിതത്തിലുടനീളം ദൈവത്തെ മോഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ജീവിച്ചത് പക്ഷേ വീണ്ടും ജീസസിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കാര്യം അത് സ്പെസിഫിക്കായി യേശുക്രിസ്തുവിൻ്റെ മരണം യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെ പരാമർശിക്കുന്ന ഒരു കാര്യമാണ് നമുക്കത് കുറച്ചുകൂടി വ്യക്തമാകണമെങ്കിൽ യോഗനൻ പന്ത്രണ്ട് നിങ്ങൾ നോക്കുക യോഗനാൻ പന്ത്രണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം പന്ത്രണ്ടിന്റെ ഇരുപത്തി മൂന്നിലും നാം വായിക്കുന്നത് ഇരുപത്തിരണ്ട് മുതൽ വായിക്കുന്നു ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞങ്ങൾക്ക് യേശുവിനെ കാണണം എന്ന് പറഞ്ഞതിനോട് തുടർന്ന് യേശു അവരോട് പറഞ്ഞു മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള മനുഷ്യപുത്രൻ മഹത്വപ്പെടുത്തുവാൻ മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാൻ മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു അപ്പൊ ആ നാഴികയും എന്താണ് അവിടെ പറയുന്നത് യേശു ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യത്തെ കുറിച്ചാണ് അവിടെ എന്നിട്ട് തൊട്ടടുത്ത് പറയുന്നു ഇരുപത്തിനാലാം വാക്യം ആമേനാമിയൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിധ്യജീവനായി സൂക്ഷിക്കും അപ്പം നമ്മെ സംബന്ധിച്ചോളം പ്രിയ സൗര സൗരന്മാരെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ നാം മരണത്തിലൂടെ കടന്നു പോകുമ്പോൾ മരണത്തിൻ്റെ അവസ്ഥയിലൂടെ നാം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ നിഷേധിച്ച് മരണത്തിലൂടെ നാം കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഗോതമ്പ് മണി നിലത്ത് വീണ ചാകുന്നത് പോലെ നമ്മുടെ പുറന്തോട് പൊട്ടുന്ന നമ്മുടെ മേലെ ആളുകൾ മണ്ണിട്ട് മൂടുന്ന നമ്മളെ ചവിട്ടുന്ന പല സാഹചര്യങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു അവിടെയും ആ മരണത്തിലൂടെ കടന്നു ലോകം നോക്കുകയാണ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കണ്ടോ എന്റെ മേളു ചവിട്ടി കണ്ടോ എൻ്റെ മേൽ മണ്ണിട്ടു കണ്ടോ എന്നെ ആ രീതിയിൽ ഞാനിവിടെ ഒരു പ്രയോജനമുള്ള ഒരു വിത്തായി ആ ഷോ കേസിലിരുന്ന് മറ്റുള്ളവർക്ക് കാണുവാൻ വളരെ ഉപകാരപ്രദമാകുമായിരുന്ന ഈ ഷോ ഈ ഈ ഗോതമ്പ് മണിയായിരുന്ന എന്നെ എത്ര നിള നിറമായിരുന്നു എനിക്ക് ആ നിറമുള്ള ആ വീറ്റിഷായിട്ടുള്ള എന്നെ എന്നെ പിടിച്ച് മണ്ണിനകത്തിട്ടു മണ്ണിനകത്തിട്ടു എന്ന് മാത്രമല്ല അതിൻ്റെ മുകളിൽ ചവിട്ടാൻ തുടങ്ങി അതിൻ്റെ മുകളിലേക്ക് ഈ രീതിയിൽ മണ്ണിട്ട് ഈ രീതിയിൽ എന്നെ കൊണ്ടുപോയി ഓ നമ്മൾ ഈ രീതിയിലാണോ നമ്മൾ ചിന്തിക്കുന്നത് പലപ്പോഴും നാം മണ്ണിനടിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ അറിയാ അറിയപ്പെടാതിരിക്കുമ്പോൾ അത് മരണത്തിൻ്റെ ഒരു വഴിയാണ് അത് ആ വഴിയിലൂടെ ആ മരണത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അവിടെ ഞാൻ അങ്ങനെ കടന്നു അതിലൂടെ ഒരു ജീവൻ ഇതാ ഒരു മുള അനേക വിത്തുകൾ പുറപ്പെടുന്ന ഫലകരമായ ഒരു ജീവിതത്തിൻ്റെ വഴിയാണത് എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയാണ് മരിക്കുന്നത് എന്ന് ലോകം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും ഈ മരണത്തിൻ്റെതായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ കണ്ട് എന്നെ എന്നെ എന്നെ മനസ്സിലാക്കാതെ എന്നെ എൻ്റെ മുകളിലിട്ട് ചവിട്ടുന്നു എന്നെ ഇങ്ങനെ ചെയ്യുന്നു ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ഞരക്കത്തിൻ്റെയും മുക്കലിൻ്റെയും മൂളലിൻ്റെയും ഒക്കെ കണ്ണുനീരിൻ്റെയും സ്വയസഹതാപത്തിൻ്റെയും എന്തോ എന്നെട്ട് ദണ്ണത്തിൻ്റെയും ഒക്കെ കരച്ചിലും പൊട്ടിത്തെറിയും ഒക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ എന്താ ഈ ലോകം കാണുന്നത് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയല്ല ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുകയാണ് അവർ ചെയ്യുന്നത് നമുക്ക് ആ രീതിയിൽ യോഹനാൻ പതിനേഴാം അധ്യായത്തിൻ്റെ പതിനേഴാം അധ്യായം ശ്രദ്ധിക്കുക അതിന്റെ ഒന്നാമത്തെ വാക്യം ഇത് സംസാരിച്ച് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ പിതാവേ നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ കർത്താവേ ഇതാ നാഴിക വന്നിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തേണം കർത്താവെ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തേണമെങ്കിൽ അങ്ങ് എന്നെ മഹത്വപ്പെടുത്തണമേ എന്നെ മഹത്വപ്പെടുത്തേണമേ എന്ന് പറയുന്നത് നാം നേരത്തെ വായിച്ച് ഈ വാക്യങ്ങളുടെ കോണ്ടെക്സിൽ ചിന്തിച്ചാൽ കർത്താവെ എന്നെ ഈ മരണത്തിൻ്റെ വഴിയിലേക്ക് ഈ ക്രൂസിൻ്റെ വഴിയിലേക്ക് കർത്താവെ എന്നെ അങ്ങ് നയിച്ച് ആ ക്രൂസിലൂടെ കർത്താവെ ഞാൻ അങ്ങേയെ മഹത്വപ്പെടുത്തുവാൻ എന്നാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് ആ ക്രൂസിൻ്റെ വഴിയിലൂടെ ആ ക്രൂസിൽ കിടന്നുകൊണ്ട് യേശു ക്രൂസിൽ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സെഞ്ചുറിയൻ അദ്ദേഹം പറഞ്ഞു സാക്ഷാൽ നമ്മൾ സുശേഷങ്ങളിൽ നാം വായിച്ചാൽ അവൻ മരിക്കുന്ന വിധം കണ്ട് അവിടെ നിന്നിരുന്നപ്പോ ഇവർ ചെയ്യുന്നതെന്തെന്ന് അറിയായി അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ വാക്കുകൾ തൻ്റെ വേദനയെ കുറിച്ച് പരാതി പറയുന്നതിന് പകരം തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനുള്ള വെമ്പൽ തൻ്റെ കൂടെയിരുന്ന ആ കള്ളനെ രക്ഷിക്കുവാനുള്ള തൻ്റെ ചുറ്റിനും നിന്ന് അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് പറഞ്ഞ കുന്തവുമായി പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരോട് ഇവർ ചെയ്യുന്നതിൻ്റെ നറിയായികിയാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ മനോഭാവം ഇതൊക്കെ കണ്ടപ്പോ മരണത്തിന്റെ മധ്യത്തിലൂടെ ആ കർത്താവ് കടന്നു വഴിയെ കണ്ട് അവിടെ ചുറ്റു അവർ പറഞ്ഞു ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ ഹാലേ ലുയ്യ കർത്താവിന്റെ നാമം അവിടെ ഉയർത്തി മഹത്വപ്പെട്ടു ഈ രീതിയിൽ മരണത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞ് കർത്താവിനെ ദൈവം ദൈവം യേശുവിനെ ദൈവത്തിന്റെ ശക്തിയാൽ മരണത്തിൽ നിന്ന് ഉയർത്തെഴുതേൽപ്പിച്ച് ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ലോകം കണ്ടപ്പോ അവര് ദൈവത്തിന്റെ നാമത്തെ മഹിമപ്പെടുത്തി പ്രിയ സൗരസവന്മാരെ നാം മണ്ണിനടിയിലേക്ക് പോകുമ്പോൾ മരണത്തിൻ്റെതായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു അവസരമാണ് അവിടെ നാം കുറെ കുറച്ചുനാൾ നാം അവിടെ വരും അവിടെ ആ രീതിയിൽ മണ്ണിനടിയിൽ നാം കിടക്കേണ്ടി വരും എന്നാൽ എന്നും മണ്ണിനടിയില അതിനപ്പുറത്ത് കർത്താവ് വരുന്ന ഒരു നാളുണ്ട് നാം മരണത്തിൽ നിന്ന് ഉയർത്തി കർത്താവിന്റെ നാമം ഹാലയിൽ മഹത്വപ്പെടുന്ന ഒരു ദിവസമുണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട് നമുക്ക് ഈ ഒരു കാര്യത്തെ ഉള്ള ഒരു ബോധ്യവും നമുക്കുണ്ടാവണം ഞാൻ ഭൗതികമായി നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ മാത്രമല്ല നമുക്കൊരു യഥാർത്ഥത്തിൽ ഒരു ഫിസിക്കൽ മരണം തന്നെ സംഭവിക്കുക അല്ലെങ്കിൽ ഒരു രോഗമാകട്ടെ ഒരു പ്രയാസമാകട്ടെ നമ്മുടെ രോഗത്തിൻ്റെ പ്രയാസത്തിൻ്റെ ദുഃഖത്തിൻ്റെയൊക്കെ മധ്യത്തിൽ അവിടെ അവിടെയും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുമോ അതോ നമ്മുടെ പ്രയാസത്തിൻ്റെയും രോഗത്തിൻ്റെയൊക്കെ മധ്യത്തിൽ നമ്മൾ നിരാശരായി വാക്കുകൾ നമ്മുടെ വാക്കുകൾ അയ്യോ എന്നാലും എനിക്കിങ്ങനെ വന്നല്ലോ അയ്യോ എനിക്കിങ്ങനെ പറ്റിയല്ലോ അതിനപ്പുറത്ത് ദൈവമേ ഇത് അങ്ങേ മഹത്വപ്പെടുത്തുവാനുള്ളൊരു ഒരു അവസരമാണ് അങ്ങേ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു അവസരമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനിവിടെ പറയുകയുണ്ട് വെള്ളിയാഴ്ച പറയുകയുണ്ടായി ഒരു ഫ്യൂണറലിന് വേണ്ടി കഴിഞ്ഞ തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ തൃശ്ശൂരിൽ ജോസ് മണി എന്ന സഹോദരൻ ഈ സഹോദരനാണ് അദ്ദേഹം നിത്യഗതിയിലേക്ക് പ്രവേശിച്ചു വെറും നാല്പത്തി ഒൻപത് വയസ്സുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായ സഹോദരൻ അദ്ദേഹത്തിന് ഒരു മകൾ മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് താൻ അന്ന് ഞായറാഴ്ച മീറ്റിംഗ് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് തൻ്റെ ഭവനത്തിൽ വന്ന് താൻ വളരെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു തൻ്റെ കുടുംബത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് അവിടെ ഭാര്യയൊക്കെ കിച്ചനിലൊക്കെ ഹെൽപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ വന്നൊരു കസേരയിലിരുന്നു കസേരയിലിരുന്ന് അദ്ദേഹം തൻ്റെ മൊബൈലിൽ തനിക്കിഷ്ടമുള്ള ഒരു സന്ദേശം അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നു അദ്ദേഹം ആ സന്ദേശം കേട്ടുകൊണ്ട് ദൈവവചനം അങ്ങനെ കേട്ടുകൊണ്ട് ഉത്സാഹത്തോടുകൂടി അദ്ദേഹം അങ്ങനെ ഇരുന്നു അദ്ദേഹം അങ്ങനെ ഉത്സാഹത്തോടു കൂടി ഇരുന്ന് ഇരുന്നു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ കേട്ട ഒരു വചനം അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു അവിടെ അവിടെ ദേവദാസൻ സാക്രായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ കാണാനായിട്ട് പറ്റണം ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് കാണും നമുക്ക് വെളിച്ചമില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നാം നമ്മെ തന്നെ കാണണം എന്ന് പറഞ്ഞുള്ള ഈ ഒരു സെൻറ്റൻസ് അദ്ദേഹം ഏകദേശം ഇരുപത്തി അഞ്ചിന് അദ്ദേഹം വാട്സാപ്പിൽ തൻ്റെ ഗ്രൂപ്പിൽ എല്ലാവർക്കും അയച്ചു എല്ലാവരും ജോസ് മണി ബ്രദറിൻ്റെ ആ സന്ദേശം കിട്ടി ഏകദേശം ഏഴേമുക്കാലപ്പോൾ മറ്റാരോ അടുത്ത സന്ദേശം അയച്ചു ജോസ് മണി ബ്രദർ ഈ ലോകത്തിൽ കടന്നുപോയി എത്ര പെട്ടെന്നാണ് അദ്ദേഹം കടന്നുപോയത് പെട്ടെന്ന് അദ്ദേഹം മൊബൈൽ ഫോണിൽ കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പം താൻ അവിടെ ഹെൽപ്പ് ചെയ്തു വീട്ടിൽ അവർ ചെന്ന് മീൻ വറുത്തു മീൻ വറുത്തത് മോള് കൊണ്ടുവന്ന് ഈ ഫാദറിൻ്റെ വായിലോട്ട് അവർ അത്ര സ്നേഹവും അടുപ്പുമായിരുന്നു വായിലോട്ട് വെച്ചു കൊടുത്തു വെച്ചു കൊടുത്ത് പെട്ടെന്ന് കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ താഴേക്ക് പോയി അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു മയക്കം വന്നു അദ്ദേഹത്തെ പെട്ടെന്ന് വൈഫൊരു നഴ്സായിരുന്നു സി പി ആർ ഒക്കെ കൊടുത്തു നോക്കി പക്ഷേ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ആ പ്രിയ സഹോദരൻ കടന്നുപോയി താൻ ഞായറാഴ്ച ഒരു ഞായറാഴ്ച താൻ മീറ്റിങ്ങിൽ പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ിയ സൗരസവന്മാരെ നമ്മൾ നമ്മുടെ ജീവിതത്തെ മുഴുവനായി കർത്താവിന് കൊടുത്തിട്ടുണ്ടോ അതോ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ബാക്കി അവശിഷ്ടങ്ങളാണോ നാം കർത്താവിന് കൊടുക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പൂച്ചക്കുട്ടികളുണ്ട് ഈ പൂച്ചക്കുട്ടികൾ ഒക്കെ വീട്ടിൽ അവർ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പൂച്ചക്കുട്ടി കാത്തിരിക്കും പൂച്ചക്കുട്ടികളൊക്കെ കാത്തിരിക്കും കാത്തിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ് ഞങ്ങളുടെ മീനിന്റെ മുള്ളും ഞങ്ങളുടെ എച്ചിലും ഞങ്ങൾ ഈ പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കും പൂച്ചക്കുട്ടികൾ സന്തോഷത്തോടെ കഴിക്കും ഇങ്ങനെ ജീവിതത്തിൻ്റെ എച്ചിലാണോ നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചതായിട്ട് അവിടെ ഉണ്ടായിരുന്നു സഹോദരന്മാർ പറഞ്ഞു അത് അവർക്കൊക്കെ ഉത്സാഹമായിരുന്നു അവരുടെ ജീവിതത്തെയും പുതുക്കുവാനായിട്ട് അവരെ ഉത്സാഹിപ്പിച്ചു പ്രിയ സൗരസവരന്മാരെ നമ്മെ സംബന്ധിച്ചോളം നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം കർത്താവിന് ആ സഹോദരൻ അദ്ദേഹം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിനായിട്ട് അദ്ദേഹം ഒരുങ്ങിയിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ആ നടന്ന വിധം അദ്ദേഹം മരണത്തിലൂടെ കടന്നുപോയ വിധത്തിലും അവിടെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു നമുക്ക് അതുമാത്രമല്ല നമ്മുടെ ചില പ്രിയപ്പെട്ടവർ കടന്നു നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ ഞാൻ ചിന്തിക്കുകയായിരുന്നു പെട്ടെന്ന് ആകസ്മികമായി നമ്മുടെയൊക്കെ മുമ്പിൽ എപ്പോഴാണ് മരണം നമ്മെ വിട്ട് കടന്നു പോകുന്നതെന്ന് അറിയില്ല നമുക്കൊരു മരണത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടും അയ്യോ എനിക്കിങ്ങനെ പറ്റിയല്ലോ അതിനപ്പുറത്ത് കർത്താവെ ഇവിടെയും ഇവിടെയും അങ്ങ് സിംഹാസനത്തിലാണ് അങ്ങേക്ക് തെറ്റുപറ്റിയിട്ടില്ല ഇവിടെയും കർത്താവെ എനിക്ക് വേദനയുണ്ട് എനിക്ക് വേർപാടുണ്ട് എനിക്ക് ദുഃഖമുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ അതിൻ്റെയും മധ്യത്തിൽ കർത്താവെ ഇവിടെയും അങ്ങയുടെ നാമം മഹിമപ്പെടണം ഇവിടെയും അങ്ങയുടെ നാമം മഹിമപ്പെടണം വേദനാജനകമായ അനുഭവങ്ങളുടെ മധ്യത്തിലും അങ്ങയുടെ നാമം മഹിമപ്പെടണം കർത്താവെ എൻ്റെ സഫറിംഗിന്റെ മധ്യത്തിൽ എൻ്റെ രോഗത്തിന്റെ മധ്യത്തിലും അങ്ങയുടെ നാമം മഹിമപ്പെടണം എന്റെ വേർപാടിൻ്റെ മധ്യത്തിലാണെങ്കിലും കർത്താവേ എന്റെ ജീവിതത്തിലൂടെ മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരിലൂടെയും അവരുടെ വാക്കുകളിലൂടെ ദൈവത്തിന്റെ നാമം മഹിമപ്പെടണം ഞാനത് പറയുമ്പോൾ ഞാനത് മനസ്സിലാക്കാത്ത ഒരാളിനെ പോലെയല്ല പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാം ഷിക്കന മോളുടെ വേർപാടിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അനേകരുടെ പ്രാർത്ഥനയാൽ അവിടെ അന്ന് ദൈവം ഞങ്ങളെയും ബലപ്പെടുത്തി ആ രീതി അവിടെ നിന്ന് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവത്തെക്കുറിച്ച് പറയുവാൻ അന്ന് ദൈവത്തെനോട് പരാതിയും പരിഭവത്തിനും പകരം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കും അവിടെ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി അനേകം പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നാം അന്യോന്യം പ്രാർത്ഥിക്കണം അന്യോന്യം പ്രാർത്ഥിച്ച് നമ്മുടെ ദുഃഖത്തിൻ്റെ വേർപാടിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ മധ്യത്തിൽ മധ്യത്തിലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യമാകട്ടെ എന്തെങ്കിലും ഒരു ഒക്കേഷൻ അത് നമ്മുടെ നമ്മുടെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ഒരിക്കൽ ഞാനങ്ങനെ ഓർക്കുന്നു ഒരു സമയത്ത് ഞങ്ങളെല്ലാം കൂടെ ഇൻഫോസിൽ മൈസൂറിൽ ഞങ്ങളൊരു അന്നൊരു ട്രെയിനിങ്ങിന് വേണ്ടി ഒരു പ്രത്യേക ട്രെയിനിങ്ങിന് വേണ്ടി ഒത്തിരി ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാവരും കൂടെ അവിടെ വന്നു അവിടെ വന്ന് ഗ്യാദർ ചെയ്തപ്പോൾ അവർക്ക് ഒരു ദിവസം വൈകിട്ട് ഒരു ഗെറ്റ് ടുഗെദർ ആ ഗെറ്റ് ടുഗദറിൽ നമുക്ക് പാട്ട് എല്ലാവർക്കും പാട്ട് പാടാനോ എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരം അപ്പോൾ ആ അവസരം കിട്ടിയപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം അപ്പം അപ്പം ഞാൻ അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ എന്താ ചെയ്യുക നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ ദൈവം അന്ന് എനിക്ക് കൃപ ഞാൻ ഓർക്കുന്നു എനിക്കൊരു അന്ന് ആ ക്യാമ്പസ് വളരെ മനോഹരമായ ക്യാമ്പസ് അവിടെ നിന്നുകൊണ്ട് ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് വർണ്ണിച്ച് ഓ ലോട്ട് മൈ ഗോഡ് എന്ന് പറഞ്ഞ പാട്ട് പാടിയതും അത് കുറേ പേര് വന്ന് ഞങ്ങൾക്കൊരു ആത്മീയ ബന്ധം ചില വിശ്വാസികളായ ആൾക്കാരുണ്ടായിരുന്നു അവർ വന്ന് അവരെ കണ്ടതും അവരെ മീറ്റ് ചെയ്തതുമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് നമ്മെ സംബന്ധിച്ചോളം നമുക്ക് ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ച ആളുകളിൽ നമുക്ക് ഓർമ്മയുണ്ട് പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിലും എനിക്കും ഓർമ്മയുണ്ട് എന്നാൽ അതിനപ്പുറത്ത് കർത്താവ് ഇനി എൻ്റെ ജീവിതത്തിൽ വരുന്ന നാളുകളിൽ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം എനിക്ക് നൽകണം എൻ്റെ നാം ഇതുവരെ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് എൻ്റെ നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ നമ്മുടെ ഫലകരമായ ഒരു ജീവിതത്തിലൂടെ ശിഷ്യന്മാരൊന്നും നാം നിരൂപിച്ച് ഈവൻ നമ്മുടെ മരണത്തിലൂടെ നാം കടന്നു അല്ലെങ്കിൽ നമ്മുടെ മരണമാകട്ടെ നമുക്ക് മറ്റെന്തെങ്കിലും പബ്ലിക് ഫങ്ഷൻ ആകട്ടെ നമ്മുടെ വിവാഹം അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഒരു കാര്യം ഈ കിട്ടുന്നതെല്ലാം നമ്മുടെ ഒരു ഹൗസ് ഫാമിംഗ് എല്ലാം ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കർത്താവ് ആ ഓപ്പർച്യൂണിറ്റിയായിട്ട് നാം അതിനെ എടുക്കുകയും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിച്ച അനേക ദൈവഭക്തന്മാർ അവർ നമ്മുടെ ജീവിതത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആകയാൽ സാക്ഷികളുടെ റോമാലേഖനും മീൻ സോറി എബ്രാഹ്ലേഖനോ പന്ത്രണ്ടാം അധ്യായത്തിനോ നാം വാക്യം ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് നാം അങ്ങനെയല്ലേ നാം വായിക്കുന്നത് നാം എന്താ ചെയ്യേണ്ടത് നാം പാപവും മുറുകെ പറ്റുന്ന അകയാൽ സാക്ഷി സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക അതിന്റെ തൊട്ട് മുമ്പ് ആരെക്കുറിച്ചൊക്കെയാ പറഞ്ഞത് തങ്ങളുടെ ജീവിതം വാള് കൊണ്ട് അറുക്കപ്പെട്ടു ഒത്തിരി വിശ്വാസ വീരന്മാരെ കുറിച്ച് പറഞ്ഞു പതിനൊന്നാം അദ്ദേഹത്തിന്റെ അവസാന ഭാഗത്ത് മറ്റു ചിലർ നല്ല ഉയർത്തെഴുന്നേൽപ്പിന് ഭേദ്യമേ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു ചിലർ പരിഹാസം ചമ്മട്ടി ചങ്ങല തടവ് ഇങ്ങനെയുള്ള പരീക്ഷ അനുഭവിച്ചു ഈർച്ച് കല്ലേറേറ്റു ഈർച്ച വാളാൽ അറക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ടു ഇതൊക്കെ കഴിഞ്ഞിട്ടും അവരുടെ ജീവിതം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷികളുടെ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗാലറിയിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ സഹോദര പ്രിയ സഹോദരി നീ എങ്ങനെ നിന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകൂ നീ ദൈവത്തെ നുഷ്ടിച്ച നാളുകൾക്ക് പകരം നീ ഇപ്പോൾ ഒരു ശീതോഷ്ണവാനായിട്ടാണോ നീ തുടരുവാൻ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്ത് എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് എനിക്ക് ജീവിക്കണം എൻ്റെ കർത്താവെ എൻ്റെ ഒറ്റ ജീവിതം അങ്ങേയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ജീവിക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം കർത്താവെ എൻ്റെ തിരഞ്ഞെടുപ്പുകളിൽ എനിക്കങ്ങയെ മഹത്വപ്പെടുത്തേണം എനിക്ക് കിട്ടുന്ന അവസരങ്ങളിൽ എനിക്കങ്ങയെ മഹത്വപ്പെടുത്തേണം കർത്താവെ എല്ലാ തരത്തിലുള്ള പൊതു പൊതുവേദികളിലും അങ്ങെ മുഹപ്പെടുത്തേണം ഞാൻ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് മുഹത്വപ്പെടുത്തേണം കർത്താവെ എൻ്റെ മരണത്തിലും കർത്താവെ എൻ്റെ മരണം കഴിയുമ്പോൾ എനിക്ക് മുഹത്വപ്പെടുത്താൻ പറ്റില്ല കർത്താവെ എന്നാൽ മരണത്തിന് മുമ്പുള്ള ജീവിതം മഹത്വപ്പെടുത്തുകയും എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ കർത്താവെ എനിക്ക് അവരെയും വളർത്തിക്കൊണ്ടുവരേണം എൻ്റെ സന്തോഷമുള്ള അവസരങ്ങളിൽ ദൈവത്തെ മുഹത്വപ്പെടുത്തി മുഹത്വപ്പെടുത്തേണം എല്ലാ അവസരങ്ങളിലും നമുക്ക് ദൈവത്തെ മുഹത്വപ്പെടുത്താം ഞാൻ എ ഡബ്ല്യു ടോസറിന്റെ ലേഖനം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം ആ ടോസർ ഇങ്ങനെയൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയും കൂടെ ഞാൻ നിങ്ങളോട് പറയാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഫോർ എ ഡീപ്പ് ലൈഫ് ഫോർ എ പവർഫുൾ ലൈഫ് ലൈഫ് ക്യാൻ യു പ്രേ ലൈക്ക് ദിസ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് നിങ്ങൾക്ക് ആഴമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി കൂടുതൽ ശക്തിയുള്ളൊരു ജീവിതത്തിന് വേണ്ടി കൂടുതൽ നിറമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഓ ഗോഡ് ഗ്ലോറിഫൈ ദിവസ at my expense devame ende chelavil ange mahutapadutane me send me the bill anything lord karthave ange aa bill ende adukile kaiykaname ad endaanengilum koyalppumilla i set no price njan karthave adinu oru vela njan nischayichittilla ange etra parnayalum aa vela ange ende aa bill enikayisu karthave i will not bargain njan karthave vela pesugilla glorify thyself ange ed naamathe ange mahutapadutane me i will take the consequences karthave endu parinidha phalam anengilum adhu naan yetreduthola oh god glorify thyself at my expense send me the bill anything lord i set no price i will not bargain glorify thyself i will take the consequences valare vellu vilikkunna oru prarthanaya ഒരു പക്ഷേ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇന്ന് ധൈര്യമില്ലെങ്കിലും നമുക്ക് ദൈവത്തോട് പറയാം കർത്താവെ എന്നെ സഹായിക്കണമേ എന്നെ ശാക്തീകരിക്കണമേ കർത്താവെ അങ്ങ് ഏത് സാഹചര്യത്തിലൂടെ അങ്ങ് അതിൻ്റെ കർത്താവെ ഞാൻ അതിൻ്റെ വില കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ് എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ കർത്താവേ അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടേണം അങ്ങയുടെ നാമം മഹത്വപ്പെടേണം അങ്ങയുടെ നാമം ഉയരണം കർത്താവേ എൻ്റെ ജീവിതത്തിൽ അനേക വർഷങ്ങൾ ഞാൻ അങ്ങയുടെ നാമത്തെ ദുഷിച്ചു ഇനിയും കർത്താവെ ഞാനൊരു ശീതോഷ്ണവാനായി തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങയുടെ നാമം ഉയരുന്ന ഒരു ജീവിതം എനിക്ക് വേണം നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക്